അതിൽ പണിയും ലി ഞാനറിയിട്ട് ഒരിക്കലും പത്രത്തിണ്ടാവില്ല ലാ ലൈലമോലൻ ഡാപിയോ പകനോ പത്രത്തില്ലാതെ കണ്ട് വിക്രൻ അല്ലെ പാണിയത്ര വരെ ഹത്താ കാനൻ പതിന് പിന്തു ശരീരം മുഴുവൻ മാറി മാറി എത്ര ശ്രദ്ധി ഹീരോട് ഇങ്ങനെ എത്തില്ലാതെ അറിയുന്ന എക്സൈസിന്റെ മാത്രം അപ്പോൾ ഞാൻ പിടിച്ചു വെച്ചാൽ എന്റെ അനുഗാരി ജനി എന്റെ ഒരു കാർഡ് പിടിച്ചു വെച്ചാൽ എന്താകും നിറവത്തിൽ മറ്റേ കാർഡ് തുറക്കും ഇങ്ങനെ ഈ വിൽക്കുന്നത് അറിയാൻ മഹാ കളി എന്താ അയൽപ്പകാലം ആവണമെന്നാണ് വിൽക്കരുത് ഇങ്ങനെ രണ്ടു ഗണ്ടെങ്കിലും ഉയർച്ച പോരാണാകും ഇങ്ങനെയാണെന്നാണ് വിൽക്കരുത് ശരീരത്തിനങ്ങനെ പ്രതികുലിക്കും വൽ പനാംഗം ഇപ്രകാരമായിരിക്കണം അവർ തോന്നുന്നു രണ്ടാമെന്തോറു വൈകിട്ടും അപ്പൊ അവർക്ക് പിന്നെ അറിയാൻ വൺ തക്ക വഴി വൈകിട്ടോ മഴ കൊരി കൊഴിച്ചിരുന്നു എന്നല്ലേ അവർക്ക് അതിന്റെ അർത്ഥം എന്താ വൈമുറാതെ മനുഷ്യന്റെ കന്തുമ്മലേ കൊണ്ടുപോകണം അഹവാലും വാരിദാ തൊന്നാന്റെ പക്കൽ ഇങ്ങനെയൊക്കെ അത് മേഘത്തിന്റെ മലവരും വരുന്ന വരണം ആ വാരിദാത് എത്ര തരത്തിലുണ്ട് പന്ത് പറഞ്ഞിട്ടുണ്ട് ഹൗപ്പം പ്രസഹിച്ചാണ് ശിവപ്പം മുക്കം ജലാലിക ഉണ്ട് ജമാലി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ജലാലിയുടെ കാര്യത്തിൽ ഹൗപ്പം മനുഷ്യൻ നഷ്ടപ്രതിയിലുണ്ടാക്കുന്ന രീതിയിലെല്ലാം ഇതൊന്നും പോരാ നഷ്ടവാദ വന്നിട്ടുണ്ടാക്കി ഹവപ്പ് കണ്ടു കടക്കാനിങ്ങനെ വെക്കാനിങ്ങനെ നിൽക്കാനിങ്ങനെ കുന്നാണിങ്ങനെ കുടിക്കാനിങ്ങനെയാണെന്ന് പഴക്കം മുദ്രിക്കും അത് ജലാനി ആ വാതില മറ്റൊന്നേതായിരിക്കും ജമാലിക്ക് മുക്കരിക്കും ഉറപ്പില്ലാതെ അത് ജമാലിയ ഈ രണ്ടാമൊരു വാരിന് വരാത്ത കാലത്തോളം അതിൽ ആ തനിയ പൊരുന്ന് പോയി കിട്ടൂല ആ വാരിടാത്ത തലകാണെ മഴ വസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അതൊക്കെ നോക്കിയിട്ട് ജമാലേക്ക് നോക്കിട്ട് അതിന് അപ്പുറം ഇല്ലേ ആ ഇവിടെ ഹൗസിൽ പോയി ആണ് അത് ഇപ്പം പിന്നെ വധഞ്ഞത് ലായുണ്ടാൽ തടിഹമാന്റെ മാധ്യം ലസ്സായി അടിവെച്ചുപോയാൽ അതാണേത് ചെരുത്തിക്കാൻ കഴിഞ്ഞാത്ത രോഗത്തിൽ വേണ്ടി അത് മാറ്റണം കല്യാൻ ജലാദിയോ ജമാലിയായ വാരിത തകന്നു വേണം ഈ വാരിത വന്നതി മാറ്റം വരുള്ളൂ ഈ വാരി വരാനാണ്ടാക്കും താഴ്മയായ നിക്കോ തായ്മത്തും വെച്ചു പിന്നെ കണ്ടിലേക്ക് വാരിതായിട്ട് അന്നു ആഴത്തിലെ കടങ്ങളിൽ ഭൂമിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഭൂമി നടക്കെ താങ്കട്ടിന്നുകൊണ്ട് ഈ കൃഷിയാവില്ലല്ല ഭൂമി വെള്ളം കുടിച്ചിട്ട് പൊതുജണ്ടത് വെള്ളം കടന്ന് കപ്പി നിൽക്കാം അതെന്നാണ് വരുന്നത് അത്തലീറ്റിന്റെയോ സൗകം മുക്കിന്റെയോ അതറുണ്ടാക്കണം ഇനൽ ഇനൽ ബാപ്പിൽ ലേക്ക് ചെന്ന് ചേരണം أي اعتربنا المنال السقطة والرحمة والهميت والصبر والظهودي والورعي والarcدي والرهر والجن competitive. والمحبة والطمئنين والمراقبة والبرمifications والمتحب وغير ذلك والأخلاق المحمودة ز nuo الأطراب نحن لن يصبح تحني ITHhing اختيار المن something نحنت أن نفيون الوداء و LeГ 초�愛 نحن سبحان من يصidi و turnip هذه المعلمة bloss nossa قطابوك അതാണ് അല്ലത്തി തൊലിയിലെത്തി മനുഷ്യന്റെ പ്രകൃതി തന്നെ ഉണ്ടാക്കും മയംപരത്തി കളയുന്ന തരത്തിലുള്ള അവസ്ഥ അസലത്തിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യും അതാണ് മുസലിഖങ്ങൾ പറഞ്ഞത് വലാനോ വല്ലം വേണ്ടിട്ടുണ്ടായി ആ കൊല്ലി നമ്മൾ പൊതുവേ പറമ്പൊന്നിരുന്നു ആ പറമ്പെത്ത ഒരു കൊള്ളി ഒരു മലക്കൊമ്പ് ി തറയാനിൽ മായി കീഹി അതിൽ വെള്ളം ചേരലെ കൊണ്ടുണ്ടാകും പദം വരുന്നതുപോലെ ഈ ഹാരി തറയാനോടുകൂടി കണ്ടിന് പദം വരും പതാകയും സന്തോഷത്തിന്റെ കാര്യമുണ്ടോ പറഞ്ഞ കേൾക്കാത്തൊരു അസ്ഥ അത് പോയി ആ ഹാലിന്റെ പറയാൻ അവർക്ക് പോരും ആ നാശി അതിൽ അത് അമലഗാനുണ്ടായിത്തീരേണ്ടതാ അമിതീരേണ്ടത് വെറുതെ ഇല്ല അതാണ് ദാരിയായ തലാത്ത് സ്വയം ആവശ്യമില്ലാത്തിന്റെ സ്വത്ത് എന്ന് പറഞ്ഞ അമര്ന്ന് അവരുണ്ടല്ലോ അനാമം തരാനും നാലും വിക്കറും ഇതാകട്ടെ കരച്ചുപോലെ നടത്തിക്കൊടുവാം ആ അമലുണ്ടാവണം അന്ന് നാട്ടി അനലി അന്ന് വിളിച്ചിട്ടുണ്ടായിത്തീരാണോ അപ്പൊ ആദ്യം എൽമ എൽ അനുസരിച്ചിട്ട് അമല് അമലിനുണ്ടായിത്തീരും ഹാല് വരും ഈ ഹാല് വന്നിട്ട് കല്ലിനോടി പുരോഗതിക്കിഞ്ഞാൽ മഹാഷണിന്റെ ഹലാകളങ്ങൾ പറം വരും ഹൃദയത്തിന്റെ കഥാവത്തലങ്ങൾ പോയി എനിക്ക് നാലാമതെന്ന് പറഞ്ഞു കാറ്റടിക്കാനുണ്ട് അടിക്കൽ അന്നാന്റെ വക്കൽ നിന്നുള്ള പ്രത്യേകമായ ചില ആനുകൂല്യങ്ങൾ നേരിടാൻ അടിച്ച് വീശും അല്ലെന്ന് പറയൽ നിന്ന് വരുന്ന ഒരു മണ്ണമാരുക കാറ്റ് നപ്പഹാട്ടും വാഴത്തും ചെറിയ വ്യത്യാസങ്ങളുണ്ട് പണ്ട് ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വ്യത്യാസങ്ങളുണ്ട് വാഴുകാട്ട് കണ്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നായിരിക്കും വാരി എന്ന് പറയുന്നത് ഏറ്റവും പറയുക വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ട് നപ്പഹാട്ടുകളാകുന്ന വർത്തകത്തിന്റെ അബിനെ അങ്ങോട്ട് പ്രേരിപ്പിക്കാൻ ആവശ്യമായ രേഖ ഇരിക്കുവെക്കലാണ് ഈ വേദികളിൽ കൂടി അവധി സഞ്ചരിച്ചാലുണ്ടാകും അവനെ പെട്ടെന്ന് തിരിച്ചുവിടിയത് അപ്പൊ നപ്പഹാട്ടിൽ കൂടി വാഴകാത്തി അതിനാൽ തന്നെ വേനത്തൂർ കമ്പിന്റെ രാത്രിയിലാണെങ്കിൽ അപഹാട്ടം വീശി അപ്പഴേക്ക് ആളെല്ലാം അതിലേക്ക് പറഞ്ഞുകൊള്ളുന്ന അവസരം വാഴ അത്ര കടത്തി ആ ഞപഹാത്ത കിട്ടുന്നെങ്കിൽ സുഹൃംബത്തിൽ ആര് ആര് സുഹൃത്തു മുഖ്യ ആര് രീതികൾ അപഹാത്ത കിട്ടുന്നുണ്ട് അപ്പോ ഒരു മണവുള്ള താഴത്തിന്റെ ഗുണമെന്റ് അതിന്റെ മണങ്ങിന് കിട്ടിക്കൊണ്ട് തരും അത് തന്നെ അതിന്റെ അപ്പറം ഉണ്ടാവും അപ്പൊ എന്തായിരിക്കും അത്യല്ല അവർ എന്തോ പ്രാർത്ഥിച്ച തീരുമാനമുണ്ട് മകനോട് പറയുമായിരുന്നു എന്റെ മോനെ അൽവിലമായി അല്ലുലമാരന് ശേഷം പറയതാ ഞാൻ അൽവുലമായി അവരുമായി ചെലവഴകണം ഈ റഹുപത്തിക്കാൻ മുട്ടുമുഖേനെന്ന് പറഞ്ഞാൽ താഴ്മാക്കണം മുത്തും കുത്തി മതി അങ്ങനെ ആക്കിയാൽ അമ്മാക്കുമെ മുളപ്പിക്കും അതങ്ങനെ അവരുടെ കാരണത്താൽ അതാ ഹായിലില്ല അതിൽ ഹായ്ലാണ്ടില്ല ഏതുപോലെ തന്നെയോ കമള തമ്പത്തിൽ ഹബത്വത്തിൽ നിറഞ്ഞ നല്ല ഭൂമിയിൽ വിത്തപ്രകാരം മുളക്ക് നടുപോലെയായിരിക്കും അല്ല വഴി മുറാദു ഉദ്ദേശിക്കപ്പെടുന്നത് വിടമാണ്ടല്ലോ അനുദ്ദേശം വഴിയാക്കറ എന്നാ അൽമാവുമില്ല അല്ല അള്ളാഹിനെ കൊണ്ടുള്ള വിടമാകാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്ന സുഹമ്പത്തകം അവരുടെ സുഹമ്പത്താണ് തുണക്കിനിൽ തുരുക്കിനിൽ ഒരുക്കുലും ഹൃദയങ്ങളിൽ മാരിപ്പത്തുകളെയും അത്രാറുകളെയും ഒരുമുകളെല്ലാം തിരിപ്പിൽ അവരുടെ ചർമ്മത്തുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ വെറുതെ ആയിരിക്കും നീങ്ങാവിന്റെ അത്രാത്തമായി കഴിഞ്ഞു കൊടുത്തോണ്ട് ഇല്ല നമുക്ക് ഉള്ള സുഹൃങ്ങി നമുക്ക് കഷ്ടപ്പെടരുത് അല്ലല്ലേ അപ്പൊ ഒരു മുഖത്തേക്ക് നോക്കിയിട്ട് വാഹനിലേക്ക് നോക്കി പുതുവണ്ടെ നോക്കിയാൽ പോലും മഹാരിപ്പത്തേക്ക് നോക്കിയിട്ട് ഊഹം നോക്കിച്ച് മരങ്ങളിൽ പഴത്തിന്റെ തന്നെ കാറ്റിന്റെ ലവാക്കിനായിട്ട് ഏതാണ്ട് ലവാക്കിലെ മരങ്ങൾ എന്താക്കും ആൺകുറയും പങ്കെയും നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ഈ പൂമ്പടിയൊന്നും പരസ്യം ലവാക്കി നടത്തുന്നു ഇവ കീഴ അവിടെ കീഴത് മേഘങ്ങളിൽ കൂടെ മാത്രം ഇത് എന്നും ലവാക്കി നർത്തമുണ്ട് ആഴത്തിൽ പറഞ്ഞ ലവാക്കുണ്ടല്ലോ എന്തൊരു ലവാക്കിയെ മരങ്ങളിൽ പോയിട്ട് പഴങ്ങളുടെ പൂമ്പടിയും മറ്റും ചെറുത്തൊരാൾ അങ്ങനെയൊരു അർത്ഥമുണ്ട് മേഘങ്ങളിൽ കൂടെ മരവി ചേർക്കുന്നു അങ്ങനെ അവസ്ഥയുണ്ട് രണ്ടും അക്കാര്യം കുഴപ്പമില്ല ഇതാണ് മുത്തമ്മയുടെ കൗലിന്റെ ബാസിന്റെ ഉദ്ദേശം ഈ നാല് ഒത്തുകൂടുന്ന അവസരത്തിലാണ് ഇൽ പ്രതീക്ഷിക്കേണ്ടത് മരങ്ങൾ ഇന്ന് പറഞ്ഞുക അയൽകാരൻ ദരവൽൽ മആരിഖിൽ കുരോ തുരദെങ്ങളിൽ മാരിപ്പത്തും എൽമീൽ കാദിയ വലി അദരി ഹാദൽ മആനാ ഈ മആനാക വലിതാന കാര ബാദുൽ ആരിഖിംഗൽ പറഞ്ഞു ദ വല്ലാഹു മാ അഫലഹ മൻ അഫലഹ ഇല്ലാ ബി സഹബതി മൻ അഫലഹ അല്ലാഹു തന്ന തക്യം വിജയതരംം വിജയതില്ല വിജയലുമായി സഹബത്തു കൊണ്ടന്നാദ വിജയതില്ല ന സഹബത്തു അല്ലാഹു തർതാ അല്ലാഹു തർതാ ലകാരത്തെ പോരോക ഹനീ ഇപ്പം മുതൽ ഇബല്ലവ വ ഈ ബമക്ക് ഉദാഹരണ ചിത്രienia അല്ല നാടൻ വേറെ കൊണ്ടുപോയി എന്നാ പറയുന്നത് അതെല്ലാം ഞാൻ പറഞ്ഞു പറയുന്നു സൈസൂക്ക് പറയുന്നത് നല്ല വാതിയാക്കല അത് മവാജൻ മുലക്കിരാ രണ്ടാമത് മഴ തെരഞ്ഞെടുപ്പ് ഋതോണി വയത്തിൽ വാതിൽ മുലകീനത്തിൽ കൽവി കമ്പാകുന്ന മരത്തിന്റെ കൊമ്പുകളെല്ലാം പദം പെടുത്തുന്ന വാതിക തറങ്ങൽ അത് പദവർത്തല്ല പിന്നെ കാറ്റടിക്കുന്ന കാച്ചുകൾ തുറച്ചു കയറുക ഇങ്ങനെയുള്ള കാറ്റ് എടുത്തു നേരത്തെ പറഞ്ഞ മവാഡി അത് നടക്കേണ്ടി വരും അതിന്റെ വാരിദാത്തിലേക്ക് മുമ്പ് പറഞ്ഞേടാ കൊറേ കേട്ട് കൊറേ വാരിദാത്തും പറഞ്ഞു അതിനാൽ എന്താകും തപജ് വരുന്ന ചില അവാർഡ് അത് തുടച്ച് കാണണം അവിടത്തേക്ക് ഈ നവാറി കല്ല് കല്ലിന്റെ ഉള്ളിലേക്ക് കല്ലിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും തുറച്ചു കാണണം എന്നിട്ട് എന്നിട്ട് അത് തടയാനാവട്ടെ ജവാലി ജവാലി കേട്ടു അങ്ങനെ കേട്ടു അപ്പൊ ജവാലി എന്താകും അതുകൊണ്ട് അത്ര قال الله تعالى الله ربنا احسن الحديث كتابهم كتابهم مثاني كفتروا منهم الذلود الذين يفتون ربهم ثم قالين يذودهم قدوهم الى ذلك الا ذلك مد الله يهدي بهم من نساء عمي ضربت كلام الله سبحانه وتعالى يتمثل احسن الحديث ني رتي انا القران العلي متتامن ادب بربر متجاذبون من بربر ياتشاليك മതാണിയാന്ന് പറഞ്ഞ ആവർത്തിച്ചാവസ്ഥോടുന്നത് തക്കച്ചാരി കിടന്നം കൊണ്ടുവരിയാണ് റബ്ബിനെ പേടിക്കുന്ന അവരുടെ ജുലൂതുകൾ ലാഹുൽ ചേട്ടത് നന്നായി കണ്ടിന്റെ ഉള്ളിൽ യാത്രാറങ്ങി ലാഹുൽ ജട്ടതും കിടനം കൊണ്ടാകുന്ന ജൊലൂദും പിന്നെ അവരുടെ ജുലൂതുകൾ അവരുടെ കണ്ടുകളും ഇവരുടെ ഭാഗ്യ ശരീരവും കണ്ടുകളും ഇതാ അണഞ്ഞു കേരുന്നു കടന്നു ഈ പറഞ്ഞ അവസ്ഥയാണ് അന്നാറു പിന്നെ അന്നാറു വേണ്ടത് വെച്ചവർ അതുകൊണ്ട് ഹിരാക്കും എന്ന് പറഞ്ഞത് അപ്പൊ ചരിത്രത്തിലേക്ക് കുത്തി കിടന്നു അതിനെ പറഞ്ഞത് തക്കവന്നാലിയൻ അതിനാറു എന്ന് വേണ്ടേ ആ പകുലത്ത് പറഞ്ഞത് ഏഴാളുകൾക്കും അത്യേക ആളുകൾക്കും ആദ്യം ലക്കറ അല്ല ദിക്കിരി ചെല്ലി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് അതല്ല കാലിയാ ഡെക്കിരി ചെല്ലിപ്പൊ കൽ കാലിയായി ഇപ്പൊ പാടത്ത് അയിന് ആറു അവന്റെ രണ്ട് കണ്ണിന് വെള്ളവും പറഞ്ഞാൽ ശാരീരികമായ അസുണ്ടായി പത്ത് പ്രകടമായി വിക്രം നടക്കും അത് അസുഖമായി തൊണ്ട് വിക്രുന്ന പ്രത്യേക പരീക്ഷത്തിന്റെ ഏഴ് കൂട്ടത്തില് ചിന്താ വരിക അല്ല നിങ്ങൾ കാണിയാൻ പോലങ്ങൾ ഇങ്ങനെ കാലിയായാലും ഞമ്മളുടെ ദൈവത്തിലാണോ പാലത്തിന്റെ പാലത്തിന്റെ പാലിലോ കണ്ണുനീരുകയും വേറെന്താ കൊള്ളുന്നില്ല ബസ്സോർട്ടുണ്ടാകില്ല കൽവിനുള്ളി കിടന്നു നേരത്തെ കിടക്കുന്നില്ല അപ്പൊ ആദ്യത്തെ കാലിന് അത്ര ഏറ്റവും എന്നാൽ ജന്മത്തിലായാലും കല്വത്തിൽ തന്നെയാണല്ലോ അതാണ് നിൽക്കുന്ന ആക്കാരുടെ മുന്നോട്ട് േ എന്നാൽ തറത്തി ഞാൻ തിറഹ് ചെയ്തതാണ് അർത്ഥവും ഏറ്റവും നല്ലതിനു ഇതേ നോക്കിട്ട് ഈ തരീറ്റ് തറവീത്തിന്റെ തരീത്തിൽ ആവുമ്പോൾ സഹായം മുഖം കിട്ടിണ്ട് അപ്പം വേറാള സഹായം കിട്ടുമ്പോൾ പാൽ വന്നിട്ടുണ്ട് മറ്റുള്ള പ്രദേശം വന്നിട്ടുണ്ട് ഷേഖന്മാർ പറഞ്ഞ വിൽക്കുക തറവീത്തുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞാനീ പറഞ്ഞു വ്യാഖ്യാനമാണ് ചോദിച്ചു ആരാത്തി ടക്കുന്നവൻ അത് പാടിന്റെ അകത്ത് മറന്ന്ടക്കല്ലായിരുന്നു പാലടത്തിന്റെ പൊത്രത്തിൽ കാണിച്ചാൽ അത് കടയണോ അവന്റെ കടയിൽ ഒരു അതെന്താകണം കഴിഞ്ഞാൽ പുറത്തു വരും കഴിഞ്ഞാൽ താറപ്പണ് താത്തിൽ നെയ്യായിട്ട് എഴുതി വരും ശേഷം പിന്നെ വിശദീകരിക്കുന്നു മായും ഈ പഴം കാണിച്ചല്ലോ പഴങ്ങി തോന്നി വെക്കലിനാണ് ഇൽക്കാഹ എന്ന് പറയുന്നത് ഇൽക്കാഹിനു ശേഷം ഉള്ള സംഗതി അവിടെ അങ്ങോട്ട് എന്തും ഉണ്ടായി കൊമ്പത്തിനെ പുഴം വന്നിട്ടേല്ലോ ഈ പുഴ പൊറത്തോ തിന്നോ അടിഞ്ഞുപോയോ കാട്ടം കൊത്തിയോ ഒന്നും രീതിയില്ലല്ലോ സമിം ബിതാ തുടക്കം മുതൽ അവസാനിക്കുന്നവരെ ഞാൻ കൃത്യം കൊണ്ട് പോട്ടെ പഴം وَتَدَرَّو وَبِيَ وَتَدَرَّو وَبِي أَوْ الزَّمَانُ وَتَدَرَّو وَبِي أَوْ الزَّمَانُ يَكُونُ إِلَّا كَأَوَانُنْ عَقِبِي وَتَدَامَ اللَّهُ دَامَ إِلَى مَا إِذِي حَتَّى إِذَا أَيْنَا عَلِ الْعِيَادِ وَأُمِنَتْ جَوَاهِرُ الزَّمَانِ ഈ കൊമ്പുകളെല്ലാം നല്ല പുഷ്പങ്ങളോടെ ഇതായിട്ട് ഇങ്ങനെ വരുന്നു കായി പിടിക്കുന്ന തുടക്കം ഇത്സാഹനെ വന്നു എനിക്ക് നാം പുഷ്പിക്കണം അതിന് കായം എല്ലാം പുറത്തു വരും അത് മൂക്കണം വെളുക്കണം അകമാവണം പൊറിക്കണമെങ്കിൽ കുറെ തൃപ്തി പു പുഷ്പങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ മാത്രമല്ല വാഴത്തല റബിയും റബിയും ദമാനും ഈ പണമുണ്ടാവേണ്ട പ്രത്യേക സീസൺ ഉണ്ടല്ലോ അതൊക്കെ നല്ല ചൊവ്വാണ്ട് കൂടുതൽ ചൂടില്ല കൂടുതൽ തണുപ്പില്ല ഈ പണം കഴിക്കാനാണ് അനുകൂലമായ സാഹചര്യം ഇപ്പോഴുള്ള സീസൺ ഇല്ലാക്ക അപ്പോൾ ആ അവസരത്തിലാകും അബാനുൽ അകതി അക്കതിന്റെ കാലം വന്നു ഇത് പാറവസ്ഥലുണ്ടല്ലോ ഈ പുഷ്പത്തിൽ നിന്ന് ഇല്ല ഇത് പഴം ഉറച്ചു എടുത്തു ഇടത്തൊന്ന് പൊയ്യാതെ വണ്ടമമൻ അവസാനോ ഈ കൊമ്പുകളെല്ലാം നല്ല കോറവ ചെയ്യപ്പെട്ട് നെള്ളുമായി ഒരു മാലന്റെ കോറവ പഴങ്ങളിങ്ങനെ കുടിച്ചിട്ട് പുഷ്പങ്ങളുടെ കൂടെ മാല ആ കുറവയിലാണ് വന്നിരിക്കുന്നത് യാൻ നോക്കുന്ന ആളുകൾക്ക് പഴം ഇങ്ങനെ തൂങ്ങി കുടിക്കുന്ന പാടത്തിൽ തൂങ്ങി നിൽക്കുകയാണ് ജവാഹി ജമാൻ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആപാട്ടുകളെ തൊട്ടെല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് കൊടുങ്കാറ്റഴിച്ചിട്ടില്ല പിന്നെ കാലവർഷം സീസൺ തെറ്റിച്ച് വന്നിട്ടില്ല ഏറ്റെ മണ്ണ മണ്ടരിയെന്നെല്ലാം പറഞ്ഞാൽ ഓരോരുത്തരും രസിപ്പിക്കുന്നു അതൊന്നും ഇല്ലാതെല്ലാം നിർഭയമായി അപ്പം ഇതിനെ കൃഷി ചെയ്ത മനസ്സെന്താക്കി എല്ലാവിധ പോയി പഴപ്പൊറിക്കാൻ പഴപ്പൊറത്തെടുക്കാനാ പോകുന്നു ും നട്ടാടും കൃഷി ചെയ്തെ പോയി ഇതൊക്കെ പഴങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി പുറകു ഇതൊന്നും നയിക്കാത്ത ഒരാളുണ്ടല്ലോ പുറത്താണോ നമ്മളെ പോലത്തെ ഓ റോമിന്ന ഈ പഴവർഗങ്ങളെപ്പോഴത്തെ ആയിട്ട് നിരാശപ്പെട്ടിരിക്കുന്നു നോക്കൂ ഇതിട്ട് പഠിക്കുന്ന കാണുമ്പോ ഏഹ് ഡമ്പിങ്ങനെ ആക്കിന്നെങ്കിൽ നമുക്ക് ഇത്ര ഇല്ലല്ലോ നമുക്ക് നിരാശപ്പെട്ടെടുക്കുന്നു ഇതെല്ലാം സങ്കല്പിക രീതിയിലാണ് കൊണ്ടുപോകുന്നു അപ്പഴ പറയാ അൽ അക്കദുൽ അബ്ബൽ ഇവിടെ തണ്ട് രണ്ടാമത്തെ പദ്യത്തിന് അബാനുൽ അക്കദീ എന്നുകൊണ്ട് അതിന് വന്തോണ്ട് അതിന്റെ അക്കദണ്ട് അത് ബി പതിനി ഒന്നാമത്തെ ആക്കത് അയിനിന്ന് പ്രതിജ്ഞ വായിക്കണം അബാനുൽ ആക്കദീന ആക്കതുമാർ ലാർ പുഷ്പങ്ങളിൽ നിന്ന് പഴം ഇങ്ങനെ ഉറത്തു വീർക്കുന്നുണ്ടല്ലോ പുഷ്പം പുഷ്പം തീർക്കുമ്പോണ്ട് പുഷ്പം മാറി മാറി മാറി അതിന് അതിന്റെ കൈ ആ കായ ഉറച്ചു വെട്ടാണ് ഇതിന്റെ അർത്ഥം അപാനുൽ ആക്കത് എന്ന് പറഞ്ഞ അർത്ഥം വല് രണ്ടാമത്തെ ഏക്കൃതാ നെളീൻ എന്ന് പറഞ്ഞത് ഈ കത്തിൽ ആയി അത് അയിനൊരു കത്ത് കൊണ്ട് വായിക്കണം നെർമ്മ എക്കുദീൻ ആ അതിന്റെ അർത്ഥം ചർദറിൽ നോക്കും ഓർക്കപ്പെട്ട കുറെ മുത്തുകൾ ഇങ്ങനെ നമ്മുടെ അക്രി പോക്കുന്നവർക്കെപ്പോ ആ നൂല താപ്പ് ആ നൂല കണ്ടോയും എക്രന്തോറയും എല്ലാവരും ഇങ്ങനെ കോർക്കുന്നു അപ്പൊ ഈ മരത്തിന്റെ കൊമ്പ് നോക്കിയാൽ പഴ മുത്തുകളും മാണിജ്യങ്ങളും മാലകളിങ്ങനെ കോർക്കുണ്ടാക്കിയൊരു മഴ കോപ്പം പോലെയാണ് അതിന്റെ കൃത്യ അണിക് മാറ്റിയാണ് കാണുന്നു എപ്പോഴും മൈലജാലത്തിൽ ആ ഒരു ഹിതായ ഹിതായത്തിന്റെ കാറ്റങ്ങടിച്ചു അള്ളാഹുബിന്റെ വിലായത്തിന്റെ ആ മന്ദമാരതൻ അടിച്ചു വീഴ്ച അതായത് ഇപ്പുറം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു താനും അതോടൊപ്പം രാമനെ ഒക്കെ പറയാൻ മറ്റൊരു മാനിയും പറഞ്ഞിട്ടുണ്ട് ആ രണ്ടു മാനിയും ആ ഉാല എന്തെങ്കിൽ അടിച്ചു വീശി രഹസാനിൽ മനുഷ്യന്റെ ശരീരമാകുന്ന ഈ മരക്കൊമ്പുകളിൽ അടിച്ചു ആവുന്നില്ല മുതലാ സുമതറ പിന്നെ അടങ്ങ് അടിച്ചു വീശി നടന്നു ഇതാ സുമൈതാ ഇനാൽ മനസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മനസിന്റെ അന്തരം അവിടുത്തെ അങ്ങനെ അടച്ചു വെച്ചപ്പോൾ അഹത്ത് അസുഹാ ആ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹിറ്റിമത്തുകളാകുന്ന പുഷ്പങ്ങൾ അതിലിങ്ങനെ കാണിക്കാൻ തുടങ്ങി പൊരൂരം അൻവാറി പലതരത്തിലുള്ള ഉലിയമ്മകളുടെ അൻവാറുകളാകുന്ന പണ്ണുകളും മാറല്ല പൊത്തിക്കി അക്കമാ അക്മാറന്നുകളാകുന്ന കുമ്മുണ്ടല്ലോ കുമ്മെന്ന് പറഞ്ഞാല് ഈ പുസ്തബിജ് മുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചിത്രമല്ലോ പുറത്തേക്ക് വെച്ച് ഈ കുമ്മുണ്ടാക്കി ഇങ്ങനെ പൊത്തി വിടുന്നു മുസ്തരി പത്തല്ലാൻ പലതരത്തിലെ മുത്തലിപ്പത്താഴ്ച്ച പല തടസ്സം പറ്റും എന്നുവെച്ചാൽ ഇവന്റെ വക്കലിൽ പുറത്തു വരുന്ന ഒരുപാട് ഒരു നാവിൽ കൂടി പുറത്തു വരുന്ന നിലയിലേക്കായി സൂചിപ്പിക്കുന്നു തിൻവാൻ എന്ന പറയുന്നത് തിൻവാൻ അത് ഈത്തപ്പനിയോട് അജ്ഞാക്ക് ഈത്തപ്പനി കണ്ടെന് തിൻവാൻ എന്ന് പറയുന്നത് തിൻവാൻ നേരെ തോന്നിക്കൊടുത്തുകൊണ്ടല്ല തിന്വാൻ ഒരറ്റം ആകൊണ്ടല്ലോ കുളിപ്പിക്കപ്പെടുന്നു ഇവിടെ എന്താണ് ആ ഒരു സൗഹൃദം അള്ളാഹു അൽക്കാലാകുന്ന വണ്ണവിടെ കുളിപ്പിക്കപ്പെടുന്നു പരിമിത ജവാന് ലാഹിറത്തായ ജവാൻജിയുണ്ടല്ലോ അംഗങ്ങളാകുന്ന കൊമ്പുകൾ പുഷ്പിച്ചു ബില്ല് അഹ് പലതരത്തിലുള്ള അമലുകളൊക്കെ ഉണ്ട് പിന്നെ മൽഅാനിമൽ ബാസനീയത്വനീയ അപാനിമത കേന്ദ്രങ്ങൾ അത് പുഷ്പിച്ചു ബില്ല അഹമാൻ പലതരത്തിലുള്ള അഹബാലുകളൊക്കെ ഉണ്ട് സുക്കർ അടമുക്കര് മാൻപത്ത് സുഹൃദൊക്കെ പറഞ്ഞിട്ടില്ല പല ശരീരത്തിൽ ശരീരത്തിന്റെ കാലാവസ്ഥ ഇവിടെ മനസ്സിലായി ശരീരത്തിനും തമ്മിൽ എതിരില്ലാത്ത രീതിയിൽ ശരിക്കും ചൂടും നിറപ്പും ഇതില്ലെന്ന് പറഞ്ഞ മാതിരി ശരിയെത്തോക്കൊന്നും എതിരില്ല ദാഹിറും പാത്രം നമ്മില്ല ആനമ്പൾക്ക് ആലമ്മിൽ നിൽക്കുമ്പോൾ സമ്മിശ്രമായിട്ടാ കൊണ്ടുപോകുന്നത് ഏറ്റവും കാലം ചെയ്തത് ഒന്നിനെയൊക്കെ തോന്നുമ്പോൾ മറ്റേതും മറക്കുന്നില്ലല്ലേ മുനി ഖാനും ൂ ജബറോത്തിന്റെ ഹൗദുകളിൽ മലക്കൂത്തിനേക്കാളും ജബറൂത്ത് ജബറോത്തിന്റെ ഹൗദുകളിൽ അതിന്റെ തടാകങ്ങളിൽ അസൈക്കത്തിന്റെ ബഹറുണ്ടാക്കും തെമാറിക്കുന്ന കാലത്തോളം അത് ബാസിലേക്ക് നോക്കി മലപ്പൂത്തിന്റെ അവിടെ തോട്ടങ്ങളുണ്ട് അതിന് വെള്ളം ചൊല്ലിച്ച് ഓണം മഴപ്പൂത്തിയ്യാ അഴിയാതുകൾ അതിലുള്ള പുഷ്പങ്ങൾ ഇലഹാറാകുന്നു മറിക ഇതൊക്കെ മലപ്പൂത്തിന്റെയും ജബറൂത്തിന്റെയും അല്ലെങ്കിൽ ആരംഭി കുതിരത്തിന്റെയും ആരെങ്കിലും ഹിക്മത്തിന്റെയും അല്ലെങ്കിൽ ശരീരത്തിന്റെയും അസൈക്കത്തിന്റെയും രണ്ട് ബൈനഹ്മാ വളർത്തപ്പൊഴി നാളെ ഒന്നും ഒന്നിനെ വൈകിടക്കുന്നില്ല രണ്ട് ജമ്മാരി ഉണ്ടോ അപ്പൊ ചെടിയത്തു കൊണ്ടുണ്ടാവില്ല അതേക്കത്തും പൊളിയുന്നില്ല അറ്റേക്കത്തുണ്ട് ചെടിയത്തും പൊളിയുന്നില്ല അത് ഉപ്പ് വെള്ളത്തിനെ പറ്റി പറഞ്ഞത്തെ നല്ല വെള്ളം ഉണ്ട് ഉപ്പ് കൊള്ളം ഉണ്ട് ഈ ഇങ്ങോട്ട് കടന്നിട്ട് ഉപ്പിന് കുറവൊന്നുമില്ല ഉപ്പുവെള്ളം ഇങ്ങോട്ട് ചാടി നല്ല വെള്ളം ഉപ്പിട്ടില്ല പറഞ്ഞുണ്ടായാലും ബൈനഹ്മാ വളർത്തുണ്ടാകുകയാണ് അപ്പൊ ആളെമ്മൾ ഈറ്റുമത്ത് കൊണ്ട് പൊതുത്തും പോവില്ല പൊതുരത്തുകൊണ്ട് കുറ്റുമത്തും പോവില്ല എല്ലാം ആയിരുന്നു അപ്പൊ ഇത് അഭിമാനം പിന്നീട് ഒരവസ്ഥ വന്നാൽ ആക്കുന്നു ഇയാളാകുന്ന ആരിപ്പെട്ടതാ നേരത്തെ ഡെലിന്റെ ഗുർഹാനം ആരിപ്പെട്ടായിരുന്നു അതിന് മുമ്പ് പോലും കത്തറിയിലായിരുന്നു കത്തറിയുടെ വിത്ത് വെള്ളിയുടെ ഗുർഹാനം വിത്ത് ഇരുപത്തേകത്തിൽ സുഹോദരാനം ആരിഭസ്തി വർക്കാനുള്ള പാലത്തിൽ വഞ്ചങ്ങളാകുന്ന നാതിരായ അംഗങ്ങളുണ്ടെന്നും അതിന്റെ എത്തിക്കാമത് നല്ല കോറു വേണ്ടി വന്നുമാൻ ഇസ്ലാം മക്കാമാൻ അതാണല്ലോ നാതിമാറ്റം ബന്ധപ്പെട്ട അറിയില്ല എന്ന് പറഞ്ഞ ഇറങ്ങി പണ്ടും ആറസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പേരൊക്കെ ആരും പോയത് തുകാരണ അവസരത്തിൽ ആ പത്ത് ജമ്മുൻ തമ്മിലെത്തി ജമ്മുൻ കല്ലിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ കിടക്കോ പ്രഭോമിന്റെ അറിവിലേക്കോ റപ്പോ സമായും ഒന്നൂടെ കൈ അതിന്റെ ആവശ്യമില്ല അതിന്റെ അറിവിലേക്കോ അറിഞ്ഞു എന്താ കാരണം ആ ഒരു പ്രതിമിക്കം മാറിഞ്ഞിട്ട് ഈ ആവശ്യത്തിന്റെ നടക്കു മാത്രീ കണ്ടാത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടാത്തി പോയിട്ട് ചെയ്യും ഈ കഴിയാറുണ്ടാകും മെച്ചേറിയൻ അമ്മയുടെ ഹക്കെന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ ഒരുപാട് കിട്ടുന്നു ഇതൊന്നാരി പൊക്കെത്തുകൾ അമ്പുകൾ തടിക്കെടുക്കാനുള്ള കിട്ടാനുള്ള കാര്യങ്ങൾക്കുണ്ടാകാൻ അബ്ദൽ ഇവൻ കൂട്ടാനില്ലാത്ത പറമ്പുക്കിടയിൽ ഹക്ക് അപ്പൊ ഹക്കിനെ കുറിച്ചിട്ടുണ്ടാകും സമാധി യാത്ര അതിനെക്കുറിച്ചിട്ടോ അറിവുകൾ അവളിൽ നിന്ന് അതികളാകുന്ന തമാലി പേർക്ക് അറിവുകളാകുന്ന അർജുനേക്ക് പുറത്തിറങ്ങും ആ വത്തിൽ ഭാഗത്തെ ഞാറ്റൊഴിൽ ഇരയായ അഗോൻ അബീനായ തൊഴിലുണ്ട പലരും അജലയുടെ തമാളിലെ പോയിട്ട് ആ അർജുന തക്കുകളും അക്കമാല്ലോത്തിരുന്ന സ്ഥാനം അച്ഛസ്ഥാനും അല്ലെങ്കിൽ തമ്മിലും അതെന്താ സമയം അംഗീകാരം അതൊക്കെ പബ്ലിര സമിതിയിലേ അത് വിവിധ കമ്മിറ്റിയുടെ പേര് മാത്രമാണ് ആൾക്കാർ എല്ലാവരുന്നതാ എന്തോ അല്ല ും അപ്പം പണം വിജയം ഇട്ടേറ്റ് വിത്ത് കഴിയും ധ്യാപുരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത്തരം തുടങ്ങിയ തോൽ നടന്നോ അസരത്തോടും വരില്ല അങ്ങനെ തുടങ്ങിയവ തെരഞ്ഞെടുപ്പ് മുട്ടകത്ത് വേണ്ട ഒന്നാൽ ജീവനെ സംരക്ഷിക്കാനുള്ള അച്ഛൻ കാര്യം മാത്രമാണ് ഞാൻ കൊണ്ടുപോകുന്നത് വേണ്ട തോന്നി യൂട്യൂബിലൂടെ ഇസ്ലാമത്തിന്റെ രീതി എന്നുള്ള രീതിയിലും ഇല്ല അധികാട് സഭ എന്നുള്ള ഹർത്തി അല്ലാതെ സമ്മാൻ ബുസ്താൻ നേരങ്ങൾ രാജ്ഭാഗി പണിയിലുള്ള രീതിയിൽ ആ നിലവിലുകൊണ്ട് ആവില്ല ആദ്യ അന്നിന്റെ അറുപത് ഇറങ്ങുന്നു അതെല്ലാ മാധ്യമത്തിൽ കാരണം ചെയ്യുകയുണ്ട് ഇത്തരം വേദി ഭാഗ്യം വരുത്തിയിട്ട് مчив آرفة الآفة ملغول ابن نقط pin دارقة العادقة ملك العظام للعذور ابن了 عند نقط link دارقة ابن النقطinha جيد ونجد ملك العظام للعذور الملك طفول ونظر കൊണ്ട് മൊത്തത്തിൽ കൊണ്ട് അവർ ജനിക്ക് നിലനിൽക്കുകയും വരും അറിവുക അവന്റെ ജനത്തിന്റെ അത് ഒറ്റ പുറത്തേക്ക അവൻ കടങ്ങി രണ്ട് കടങ്ങിനിപ്പില്ലേ ഒന്ന് ജനത്തിന്റെ കടങ്ങി മറ്റൊന്ന് പുറത്തിന്റെ കടങ്ങി പുറത്ത് കൊണ്ടായില്ല ജമ്പിന്റെ കടന്നോഷിക്കപ്പെട്ടില്ല വിജാ ജമ്പുകൊണ്ടോ പുറത്തേ ഇല്ല അപ്പൊ ഹണോ ഹത്തുകളോ അതിന്റെ മട്ടം പോവാൻ ശരി എന്തുകൊണ്ട് പോകുന്നു അതേപോലെ കമ്പ് പോകുന്നിട്ടോ ഇതായിട്ട് അതിനകത്ത് പുതി അത് വേണ്ടതുപോലെ അതേപോലെ ബുക്ക്സിദ്ധീകരണങ്ങളിൽ ആയിക്കതി പത്ത് ജമ്മു ജമ്മീൻ അങ്ങനെ ഒന്നു പോയിട്ട് ഹത്തിന്റെ യദരത്രേബ് തസല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രുകൊടുമോലെ അന്നാ കഹദീബി റസൂലുള്ളാഹി പറഞ്ഞു പോ ഇല്ലു അതെദീഖുന്നവല മദഹബാന ആട മുണ്ടിയില്ലല്ലോ വലാ ജംഉൻ വർതൽ ഖാബിഅത ലദിഹിൽ മീസാൻ മീസാൻ അവടെ തുല്ലമായിട്ട് അല്ല തുലാസൊന്നിന്നല്ല ജംനേക്കോ പുറത്തേക്കോ മുന്തുക്കേ ഇല്ല ഒന്നു പറ്റാതിക്കുന്ന ബുദ്ധിന്നതുല്ല പറ്റ തെതെ മഹ്റുന്നതുല്ല ക്കോടി അവർക്കും അതാ അതിന്റെ ഹക്കാളെ വകച്ചു കൊടുക്കുന്നു എല്ലാം അപ്പം ബിന്ദോളം ബിന്നുകാർക്കൊന്ന ഹക്കം കൊടുക്കും പക്ഷുകൊടുക്കുന്നത് വില്ലാതില്ലായി ബില്ലായില്ലായി ഞാൻ ഇങ്ങനെ തീറ്റിക്കുന്നു അല്ല ഞാൻ ആദരിക്കുന്നവർക്ക് ചോദിക്കും അന്നാന്ന് കാര്യം ചോദിക്കും അന്നാന്ന് കൈകൂടി ചോദിക്കും ഇത് മാത്രം പറ്റിയ ഗന്ധിതങ്ങൾ എന്നിട്ട് പിന്നേം വന്നത് ഞാൻ പോയിക്കോട്ടെ ആ പോയ്ക്കോ പറ്റി നടക്കൊന്നും ഉണ്ടാവുന്ന ഒരുണ്ടാവില്ല അപ്പൊ അക്കലേ കഴിഞ്ഞില്ലല്ലോ ഓരോ അവകാശം കിട്ടേണ്ട ആളുകൾക്ക് വിഹിതം കിട്ടാൻ ഉണ്ടാക്ക അവരവരുടെ അവകാശം കണ്ടെടുത്തു കൊടുക്കുന്നു ഇനായത്തിന്റെ അമലവസ്ഥ പ്രത്യേകമായി ആ ഇനായത്തിന്റെ ആക്കാറുകൾ വെളിപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത്ഭുതം തോന്നുകയാണ് നിന്റെ അഹബാ അഹബാല് കാണുമ്പോ അതാണ് ഏത് പറയത് കൃഷിക്കാരം പഠിക്കാൻ വരുന്ന വസ്ത്രത്തിൽ അതിൽ ഇല്ലാത്ത ആളുകൾ ജനങ്ങൾ നോക്കി ആയിട്ടു വന്നത് അന്നമാറി അനുഗ്രഹങ്ങൾ ഇവൻ്റെ പ്രത്യേകമായി കൊടുത്തതും കാണുമ്പോൾ ഇതെൻ്റെ പമ്പോ കാര്യമില്ലാതെ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് സ്ത്രീകൾ അതിൽ ആദ്യം എത്തിക്കാറ് അവനാൽ ഇവർക്ക് എന്താ എല്ലാവരും പരിശോധിക്കുന്ന അവൻ അറിയണമല്ല എന്താ ജനിച്ചില്ല പരിശോധന യും മുല്ല ഒന്നും വന്നാപ്പാണ്ടോ ആയിക്കോട്ടെ കൂടെ ഹിറ്റുന്നാണിങ്ങനെ പല തരക്കാരും ഇതങ്ങനെ ഓരോരുത്തരും നോക്കി നോക്കാൻ ഇത് വ്യക്തിയ പദവി ഞാനീ ചൂടും ലഭിച്ചു അതുമായിട്ട് ഒഴിക്ക് മാത്രമൊന്നും അല്ല എന്ന് പറയുന്ന ഉദ്ദേശം നടന്നിട്ടില്ല വൈകിന്റെ വൈകിന്റെ നമുക്കൊന്നും ഡാമർക്കാൻ ഡാമൽ വിത്താൻ കൊണ്ട് മാത്രമാണ് وَمَنِ ادْعَى بِمَا لَيْسَ فِيهِ إِذُ مِنْ لَبَيْعِ بَارْتَ وَمَنِ ادْعَى بِمَا لَيْسَ فِيهِ وَلِلَّا تُمِنْ لَنْ بَعْيِرَ الْبَادِسِي مَعْ فَالَأَتُهُ عَوَلَ بَسَلَعَتِهُ رَيْسَ مَاهِدٍ لِمْتِحَانِ صحيحنا مع ذا النصاحب السلام لكم إلا تنبادت فيه صحيحنا مع ذا نصاحب السلام لكم ما يشد വന വൈക വാസ്കൾ പോവാം തീർത്ത് ഞാനിന്ന് പറയുന്നത് ആ രണ്ടോ വസായും ഇരുമാങ്കിൽ മാത്താ ഓന്ന് പറഞ്ഞു അത് മാത്രമല്ല രണ്ടു വസായ പൈം قال اي زمن ما ربا مصائر هي الاما مصائر تنتهي الى هذا هذا ليسان باغم يتوندون من جبال الاندي اورد نباله رووبن بعد ين ناقيكم انه انا مصائر نقول الى الذي واحب ترم دلال والنبياء اول طيب طيبوننا ام بالله ربنا اذا انتو عارفين طيب هذا وكذلك उत्तेजितاتهم ചെറിയ വേല അതെ കൂടി കൂടിപ്പോണ്ടേരം വാഴ ഉണ്ടാവില്ല നമ്മൾ സൂര്യനെ എത്രയ്ക്കാമെന്നൊക്കെ കേട്ടാ നമ്മള് നേരത്തെ വേറെ എത്ര കിലോമീറ്റർ നിറത്തിലേക്ക് ഉണ്ടാവുക അതില അഹളത്തിൽ അത് ജിയാളത്തിലേക്ക് ആളിച്ചാൽ ഉച്ചയിലേക്ക് എത്തി നില ഉണ്ടാക്കും കൂടി കൂടി കൂടി വരുമ്പോൾ അതിനാണ് കൈ എന്ത് തന്നെയാ കാണും അപ്പോ ോ അതിന്റെ തൊട്ട മുമ്പിലേക്ക് ചേർത്താൻ മമ്മി ബില്ലും ഫൈവും തന്നെ വ്യത്യാസം അത് നത്തീരും ഹാസ്യതല്ലാം ആ മിന്റെ മേലെ ഹാത്തിനത്തു തീരും ബില്ലും ഫൈവ് ഒന്ന് തന്നെ അതെന്താ വ്യത്യാസം വില്ലെന്ന് പറഞ്ഞാൽ എന്തും പറയാം ഒരു പ്രകാശത്തിന് മുന്നിലുള്ള മേലെല്ലാം പറയാ പൈന്ന് പറയുന്നത് ഈ ചെറിയ മേലെ വെൽതായി വെൽതായി വെൽതായിരിക്കുന്ന ايون دوين فيين فقدي حاتل سري بادتردا مستم من و هو والريا روح والريان اللهو من حاله قاموت يقول قاموت يقول ابو النذل فتحتي فتحي فتحون اللهو ده ضوءه ضوء الله الراحه والوعده وليمينكم نل اللهمنا قاتلكن ورحمت واحه عطاء تنزل لنا ثم واعد نور قل المناذب هنا يبدا مناط لدائي 341 تي مدير انا उद्देशி பண்ணு அவслан பண்ணி நல்லது மாலை காதின் ನಲ್ಲಿ மகானتي تطير الليل الليلவ تطيل പരിണ്ടിണ്ട് നേർലതോൽ അതൊരു ശരിയാണ് ും നമുക്ക് പറഞ്ഞു ആ പൊന്നു രമത്തിൻ്റെ കാര്യ നല്ല വാസനയുള്ള എല്ലാത്തിനും റയ്യാനുള്ള അറിയാവുണ്ട് പ്രത്യേകതയും ആരാദ്യം പറഞ്ഞു അല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാനും തിന്റെ ഓരോ പമ്പുകൾക്കും പറയും അത് വളപ്പു അല്ലെങ്കിൽ അതിന്റെ എഴുപ്പും എന്താ ഞാൻ പറയാം പിന്നെ വൽ വളതു മക്കൾക്കും പറയുന്നത് വിധത്തിനും വളർന്നാൽ മക്കൾക്കു കഴിഞ്ഞു വിധത്തിനും പറയുന്നു എന്നാൽ വൻ മനാസിന്റെ ഇവിടെ മനോഹിന്റെ ഒരു പ്രത്യേക ചെറിയ അല്ല അതൊക്കെ ആ തോട്ടത്തിൽ നിന്ന് വാസിക്കുന്നില്ല പറഞ്ഞു ആ കാശി റൈഹ എന്ന് പറഞ്ഞാൽ റൈഹാ തിരിച്ചറിയാറു ശരീര വാസനാസ്വദിക്കുന്ന അവർ കല് എന്താ മൂക്കൊണ്ട് നടക്കുന്നത് മൂക്കോണ്ട് മാറ്റം ചെയ്യുന്നു അതാ വട്ടമ്മ മിൻസിൽ നീമൻ എന്നുള്ളത് ൸ൄ ൎ ീൄൃ്ൃൃ്ൄ ർ ൎർ ്ർ ർ ്ൄ ർ ർ ൃർང ൗർར ുർག ്ർད ൄ ർ ർ ൄ ്ർ ൄ ർ ൄൄ ൔ ർད ർ ർ ർ ർ ൄ ്ർ ർ ൓ ർ �ཋ ൉ ീർ � و ايي سقتين البقاني الله ورسوله ها نقولو ايي جقتين و ايوم ما الر بها مضاء ان نور الليل وتدينت سميته اديل كودારેங்கள நடந்து போयेंगे ايه مره انا ايي سقتين البقاني استغفر العملين செய்யாத بقانيங்கள नॉर्मली மதியம் मारு ആ കൂട്ടത്തിൽ പ്രത്യേക സത്യം അറവ അവർ നടന്നു പോയിരിക്കട്ടെ ഈ ബസാദീൽ ആരോഗ്യ ആരോഗ്യങ്ങളുടെ ആരോഗ്യങ്ങളാ ഉറപ്പൊരു പ്രത്യേക തോട്ടാതാ ആ തോട്ടത്തിൽ കൂടി വാസുഗീയങ്ങളുടെ ജില്ലാ കൂടിയും ഈ വസ്തു രമാലും അതാണ് മനസിലാരിയും അവരുടെ ആ ചിറ്റു കാമത്തിന്റെ സമയത്തും Mainti ും അവരുടെ അൻവാര നിരായ വർദ്ധിക്കുന്ന അവസരത്തിലും അതാണിത് പറഞ്ഞു അത് അവരുടെ റൂമിന്റെ വർദ്ധന അവസരത്തിലും ആയി നടന്നു പോകുന്നവൻ കണ്ടു നിലാലും അവരുടെ അൻവാരന്റെ മുന്നിൽ കണ്ടു അലാറായി പോവുകയും അവടെ മുഖത്തിൽ പ്രകടമായിട്ടുണ്ട് അതോ ഗും അത്തരിന്റെ അവൻ അല്ലെങ്കിൽ അത് പൊട്ടു എന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് തോറിന്റെ ഭാഗ്യത്തെ ഉണ്ടായ ജമാലിയാതെ ബില്ലുണ്ടാകുമ്പോഴാണ് അതാണ് കമാൻ പറഞ്ഞതുപോലെ അതായത് ഒരു താഴ്ന്നു മുസ്ലിം ലീഗിനൊക്കെ ان عرفانا بالجلال وعز والمن رقم ما برجت ما طوروا ان عرفانا بالجلال والعز الجلال والكرامه الله الذين معرفه الجل عز اد ولاتوا لذا ليغمان برجتمان طورمان ركن دغ مغتبرنم اغونار واعن الله الذين لم راوا والى المولى المحببين عارفينه يريدون اهل البهاء عنده وعليهم امر يريدون نور من محبته محبته من نور عنده عندهم فالحاني عليه من عرفه فاهي غادي هو والله تدروه عرفوه فالحاني ال من عرف بالله بالله പിന്നെ അറിഞ്ഞ ഒരാൾക്ക് ആരിഫായ ഒരാൾക്ക് എല്ലാ മംഗളവും എല്ലാ മകളെ ആശ്രയിക്കുന്നു അവൻ ആ മൺ നടപ്പാന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ആരിഫായൻ വന്നായി അല്ലാഹു തന്നെ ദഹുദോവും മറ്റു അവന്റെ കാലം മുഴുവനും സന്തോഷമാക്കപ്പെട്ടവനാകുന്നു വീട്ടിലും നിന്ന് ലാഭം തന്നെ എന്ന് പറഞ്ഞ മാതിരിയല്ല ആ ഇതും റിജാവും പകരത്തല്ല അവരിങ്ങനെ പ്രകടമായി കാണുന്നു ആരും അത്താരി നമ്മളെ പോക്കാൻ ആരോഗ്യം هذا أشياء في الشباب <سؤال> المضاي stumbled upon him. لكنهم قر Negative Hpan. فإنهم ا朋友 قر כم تط="#AБت راتما تطول check commonMe. لكن إنهم قروا بكلت OB I.O Hence, تم años dropped and Liv��� into God and… ثم договорوا حول يكتون su ഹൈതാന് ആ തോട്ടത്തിന്റെ വർണ്ണ പദത്തിൽ അവർ ഹൈരാനാകുന്ന വെരുടെ പത്തൊന്നൊരാളൊന്ന് കാണുമ്പോൾ അവർ പറഞ്ഞു അവരുടെ അത്യത്ഭുതകരമായ ഒരൂമിന്റെ തോട്ടങ്ങളിൽ അഞ്ഞാറുകളിൽ ഇവന്റെ കണ്ണിനെ ഇവർ ഉണ്ടാക്കുന്നു അവടെ ഇങ്ങനെ ഇല്ലത്തെ കുടിക്കും مدان يلين قام ولق ذلنا بطارب العيون ضعب سرى انهار بنجومنا عندما تيلر تنام يروغل عادت عين تنيم وتتممنا اوحى الله لنا دارا متمما منا ها طوطن من وار باتنا كلت يمام يرمي بنظره سبحان الله عند الليل بات يتيمل مثلي ജന്മത്തുമായി ഇവൻ അടുത്തു അതുപോലെ അവന്റെ പടലും മുഴുവനും വന്നത് ഉത്തേ വന്ന അത്തമിപ്പിന്ന വരെ നെഹാറിന്റെ അവസ്ഥ ഉണ്ടല്ലോ അയാൾ അവിടെ നിന്നതെത്തി അവരുടെ മന്നാൻ ഇവർക്ക് സമ്മാനമായി നൽകിയ കാര്യങ്ങൾ വളരെ അറിയിച്ചു പല അവസരത്തിന് അമലമായി ഇവർ നൊക്കാരെ തന്നെയായിരുന്നല്ലോ ഇവരെന്താ ഈ നോക്കി കാണാൻ പോയെന്ന വ്യക്തിമാറി മക്കാലി പൊട്ടാൻ കാണാൻ പോയപ്പോൾ അവർ അഹബാദറിഞ്ഞു അവർക്കൊന്നും അവസാര കൊടുത്ത വന്നമായ നിയമത്തു കൊണ്ട് أَلَامَا بِإِلْضَادَcciónًا إِلَّا نِدَّائِهُ بَضْبِدَ اللَّكُمْ رَمِرِي الَا مَق-'مِنْ عَوَا مَقَامٍ نِمِنْ عُّهِ اذwave من كل ذلك فقطعل عم enseغنỡون ونُنْ أَلَا نِمْ أَلَعْسِ الأَذِهِ 이름ي فقطعل عم���ين بِهِ과َ مُنْ sometimes بِي»لْ آنِهَيْنُ الْمَقْعَoga أَذِهُ مَرْهِ الًهِ നമ്മളിത് കാണാൻ പോയതാ മത്തായി എന്തായാലും ആസ്വദിക്കുന്നോക്കൊണ്ട് സമാഹൂടെ പനിക്കുമായി ആ തോട്ടങ്ങൾ നമ്മൾ നിങ്ങളുടെ തോന്നിടുകയാണ് മത്തായ വൈകുന്നേരം ആകുന്ന അവസരത്തിൽ ഏ ജമാന്റെയും ജമാല കിട്ടാണ് ബസ് അതിന് ജമാലി അതിന്റെ നഹാറ് തായിവുന്ന കാലത്തോളം ധനിയും ഇവർക്കെന്ന മതാറ്റപ്പെടാം കബതകഡമ്പരാണെല്ലാം മറ്റോട് പരാജയപ്പെട്ടു നോക്കി കാര്യം ഈ സ്ഥാനത്തെട്ടാ കാലത്ത് പരീക്ഷണങ്ങളാകുന്ന കബത ഗലംബരാണ് ഇവർ ജീവിച്ചു ബസ് വന്ന എല്ലാവർക്കും പരാശപ്പെടാ നമുക്കും നമുക്കും നമുക്കെന്നോ നമ്മക്കിപ്പോ ഭക്തിന്റെ നേരത്തെ ഭക്തിൽ കൂടി നമുക്ക് അലായി വന്നപ്പോഴും അന്താ കാണാത്ത രീതിയിൽ അവധി തന്നെ അദ്ദേഹത്തിന് പരാജയപ്പെടും ഭക്തി ജമാനം വന്ന ആ പെഹാറിൽ വന്നപ്പോൾ ഇത്രയോ ജമീൻ അധ്വാനിച്ചാലും അധ്വാനിക്കാത്തേ എന്ന രീതിയിൽ ഇതാണ് നമുക്ക് ഉണ്ട് ദിവർക്കും അഹ് ഇല്ല എഴുത്തുക നല്ല വീരം മാറുകാരെ കേൊന്നും മാറാതെ കൊണ്ടു നല്ല കേരളം ജുബനാ മനസ്സിന് ധൈര്യമില്ലാത്ത ണ്ടാകും അപ്പം പറഞ്ഞു വരും അപ്പൊ കൂലും കൊണ്ടുണ്ടാക്കും മകള് പറയുന്നതിൽ വന്നിട്ടുണ്ട് അന്ന ശത ചരങ്ങച്ചെടി ഇതല്ലോ അത് തട്ടാഹത്ത് മാൻ ഈത്തപ്പന നരത്തിൽ ഇങ്ങനെ കിട്ടിട്ടിങ്ങനെ കേറി എന്നിട്ട് വകാല ഈ ചരങ്ങച്ചെടി എന്താ പറയുന്നത് ഇനി ഞാനും ഇതിന്റെ മാതിരി ശദറത്ത് തന്നെയാണ് പണ്ട് ഒമ്പറി എന്റെ കൈക്ക് നാലു മതം ഞാനും എന്ന് പറഞ്ഞ മാതിരി പക്ഷെ ഇതിനുണ്ടാ ജീവനി ഇതിന് വെറും വള്ളിയായി ചെക്കേണ്ട മറ്റന്റെ മാതിരി ഉറപ്പു ഇരാനും മുറിക്കാനൊന്നും പറ്റൂലല്ല അപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോത്തും അനീസിന്റെ ടീസന് കാറ്റടിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശരിയായ മരാരാണ് നീ ആരാ നീയോട് പാടിപ്പോണ്ടാവും ഞാനിവിടെ ഇങ്ങനെ ആടി പറഞ്ഞാലും കടമൊഴുകാ നിൽക്കുന്നതും കാണാ കാറ്റടിച്ചോക്കട്ടെ അന്നേരം ദീജോന്നു ഇത് തിരിച്ചു പറഞ്ഞ മാറി അതേ വിശാല എന്നെ എവിടെയും മറിയും ഒസോസിയത്തിന് അവകാശപ്പെടുന്ന ആളുകൾ എങ്ങനെ അവകാശപ്പെടുകയും തച്ചപ്പുറം അലിസ്ഥരീ സ്ഥലത്ത് എന്റെ ഹലിത പുറം തട്ടപ്പുമായിട്ടേയുള്ളൂ എന്തില്ല തഹപ്പൂക്കുണ്ടായിട്ടില്ല തന്നെ പരീക്ഷണം നടത്തി బీమ అక్క తహపే తహేగాన వరకందను బాకి వర పరిచర నర్తియల్ వారతల అలేహిం వారమే నమ్మో త్రాయిడు కే జో కాస్పమే దియల్ ఇతకన్ ఇతనే ఒక కాటగాన బడియరు కొడుంగాట వరమే లడిచి వలాభోమ్ అల్లాహు తాన అమరండి కిటిం కొలిచి బిసలాదు నియ పరదరతిన మిహనతగాన దలితలతో కొండ పరిచర నర్తియల్ వదిగిలి ఇమాఫిల్ మాలి ఉండికి మోదలిలావ അവസ്ഥീൽ പറഞ്ഞ ശരീരത്തിലാവണം ഈ പരീക്ഷണ ധനങ്ങൾ വന്നാൽ അവർ എന്താക്കും നേരെ പിന്തുണ കൊറേണ്ടി വരും പിടിച്ചെടുക്കാൻ കഴിയൂലും അവർ നെസിന്റെ അവർ താഴ്ച നമ്മൾ കള്ളന്മാർ വല്ലയായിരുന്നു ബസ്സും ചെമ്മലും വന്നാല് കൊച്ചുകൾക്കും പണി മാത്രം വരും മറ്റോർക്ക് തന്നെ പരീക്ഷണം വന്നാൽ ഓരോ പിടിച്ചെടുക്കുന്നുണ്ടാവും ഇവരോ പരാജയപ്പെട്ട് ബിന്ദുനോടുകയും رب الدنيا والله مخفض الدنيا والله فرضاك الله عز وجل انير قدريكم قال قرنو بنا تعال ليسكم ابي رضي الله تبارك وينما يرتضي المبت او نبي زمان النهبار واعزلهن المراتب الانزال هنالك يقود العباده وتنته كل الصا فكم مدرن الغناء بالله وإنما بالله رب طاعتي او بدونه او بفقعه وقرم مدئ العز بالله وانما عزوه بسببيه بالنسبه وصورته على الخلق ما تمدن على ما طبق عندهم من معرفته فكن عبد الله الا عبد الا فكما كان لك رب وللا الا فكن عبد الله ولا الا لتكون له كما كان اودع تنير بتنير ഈ മുദ്ദേഹീങ്ങള് വഷളാൽപ്പം എന്തുകൊണ്ടാണ് ഈ സവാലോ അപാലുകൾ നീങ്ങി പോക്കൊണ്ട് അരബാലങ്ങൾ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നുണ്ടായല്ലോ ഇമ്മൻ മറാത്തിൽ നീന്താൻ ഓരോ ഇതേ മക്കാമിന് അതേ മക്കാമ ഈ മക്കാമിന്റെ മക്കാമിലേക്ക് ഇറക്കി ഇറക്കി ഇറക്കി കൊണ്ടുപോയിന്ന് അവറങ്ങാണ്ട നീന്തി പുറത്തു പോകുന്ന ടോർ ഉണ്ടാക്കി സ്ഥാനം കൃഷിനാക്കുന്നു ആ അവസരത്തിൽ അവരുടെ അവറത്തുകൾ എല്ലാം കൂടി ഒടിവാദം തുടങ്ങും ശത്രുക്കളൊക്കെ നീങ്ങി അവർക്ക് ഒടിവാദം തുടങ്ങും എന്തുകൊണ്ടെന്നറിയാം അള്ളാഹുനെ കൊണ്ട് ഇനവാദിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട് നമുക്കല്ലാ മതി അല്ല മതി ആ മതിയാ അന്നെ കുറിച്ച് അസംബാധകളിങ്ങനെ പിൻവലിക്കാം അന്ന് ഉണ്ടാവും നീ വാദിച്ച വാദവർത്തം നമ്മൾ അന്നെ വൈനമാ യഥാർത്ഥത്തിൽ അവന്റെ നിനയുള്ളവന്താണ് ഓട താട്ട് കൊണ്ട് നോന്നിച്ച് നാട്ടിലേക്ക് നോക്കി ആ ഒരു നൂരി അല്ലെങ്കിൽ താത്തു കൊണ്ടു കിട്ടേ നൂലിലേക്ക് അല്ലെങ്കിൽ ആ താറ്റ് കൊണ്ടു കിട്ടേ പത്ത കൊണ്ടാണ് അന്നെല്ലാം മനടുന്നില്ല അള്ളാഹുവിനെ കൊണ്ടാണ് എന്റെ ഇസ്സു എന്ന് വാദിക്കുന്നത് എത്ര ലോ വൈനമായ ഓടൻ നിസ്ബതൊണ്ട് മാത്രമാണ് ഇന്ന വലിയ രേഖ ആണെങ്കിൽ സൗനത്തിൽ പടപ്പുകളിൽ ഇവരിക്കുള്ള പരമാധികാരം കൊണ്ടായിരിക്കും അതെന്താൻ അലൽ അംബാവിന്റെ മാനിപ്പത്തിനാൽ അവരടക്കം സ്വഭൂത്തായ ഒബ്ദിന്നമിനെ ഏറ്റുമതി അവർ കൃത്യമാരിപ്പത്തിനോട് ഏറ്റുമതി ചെയ്യാൻ പാടില്ലല്ലോ അവന്റെ അമന്യമനെ വ്യക്തിമാറില്ല അസ്ബാവിനോട് വ്യക്തിമാറില്ല അങ്ങനെ ചെയ്തതാണ് ഇവിടെ പരാജയം വന്നത് അതുകൊണ്ട് പക്കുൻ നിയന്താനാം അബ്ദുള്ളാ അല്ലാനെ മാത്രം അടുവിയാണണം അല്ലാ ആന്ത ഇൽത്തി മാറ്റുള്ള ഇൽത്തി അബ്ദുള്ളാ പാടില്ല ഇസ്റുതാനിയും കിഫാത ഓർകാളിയും അതേതുവരോ ഇൽത്തുള്ളോ അയിദത്തിന്റെ അബ്ദുള്ളാ പറഞ്ഞത് അപ്പോൾ പക്കമാകാന കവബ്ബൻ വന ഇൽത്ത ഇൽത്തുമ ഇല്ലാ ദരീദിൽ അല്ലാഹു നിക്ക് അബ്ബായി മാരിന്റെ എന്ന് വർണമാകെ പക്കുന്ന അല്ലാഹു അലൈഹി ഇൽത്തുമ ഇല്ലാ ദരീദിയ നീ തന്നിച്ച് അബ്ദുള്ള അങ്ങോട്ട് മാറ് എന്നാൽ ഈ തക്കൂമാ അന്നാമതിലേക്ക് എപ്രകാരമാണോ ഇങ്ങോട്ടായിരുന്ന അതുപോലെ നീ അങ്ങോട്ടായിരുന്നു ഇനി അടുത്തേക്കും ഉറങ്ങുന്നത് നമ്മുടെ മസിന്റെ തുമ്മല തമ്മമാസിന്റെ മുസന്നിഫ് എടുത്തേക്ക് തന്നെ പറയിരിക്കും തുമ്മത്തമ്മൊടുത്തേക്കാവുന്ന നമ്മുടെ മഹത്തിന്റെ മുസന്നിഹിലേക്ക് മുത്തങ്ങൾ ദേവ ചെയ്യുന്ന കാര്യ പൂർത്തിയാക്കുന്നു അമ ആരും അമ്പുഹം അവരുടെ കാര്യം എവിടെ എത്തിച്ചേർന്നു ഇങ്ങനെ അവരുടെ ഐദികൾ പൊടിപ്പെട്ടപ്പോൾ വാങ്ങിച്ചും അവരുടെ അൻവാടുകളെല്ലാം മുൻകത്തിപ്പായി ഗ്രഹണം വെച്ചതായി മാറിമ സ്വാമിയാലയും ഹൈരന്റെ ഗൊന്മ തവളെ ശക്തി കൂടിയപ്പോൾ ഭഗവാൻ ആ ബഹാനിക്കുന്നോ അവർ വാദിക്കുന്നു ഹട്ടായുഹോ ഹത്താഴുതും ഇരുത്തുകൾ അവരുടെ മേലെ തെങ്ങിക്കൂടിയപ്പോൾ നാനാവിളിക്കുന്നു ഇരുത്തും തങ്ങിച്ചു വഹട്ടവശത്തുഹോ വഹശു വഹസുകൾ കാട്ടുമൃഗങ്ങൾ ഇവിടെ ചുറ്റും വന്ന് ഹവാം വന്നു ചെല്ലും ചെയ്യുന്ന എല്ലാതാണ് വരെ ഹവാണെന്ന് പറയാം ശല്യം ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളാണ് ഹവാം അപ്പിടുത്തങ്ങൾ മൊഴിക്ക് പണപ്പെട്ടുള്ള ഹവാമുകൾ വന്നു വന്നേക്കാ ഈ കബലിൽ കപലാകുന്നേരീ പരീക്ഷണങ്ങൾ മാലിനുള്ള പരീക്ഷണം ഇതിലുള്ള പരീക്ഷണം ചമ്മത്തിലുള്ള പരീക്ഷണം പലതും പരീക്ഷണം വന്നപ്പോൾ ഇവർ ആകെ وربنا ولا ولم يجدن الفوز من نصابي اقام حراذا امام الباب حيوانا مما من بابي ولم يجد اذابه شيء من الناس لتجلا للفوز يجيكم من نصاب يا ترى اثار الاسباب من التجلا انا ಬಂದപ്പോൾ ൻ അവൻ ജേജാ പിടിച്ചായിട്ട് നിൽക്കേണ്ടി വന്നു അമാൻ താ സ്വാദിനിൽ ആ പരീക്ഷണം തെരഞ്ഞു കഴിഞ്ഞില്ല പറഞ്ഞില്ലേ നിങ്ങൾ ആ പരീക്ഷയ്ക്ക് എന്താ കഴിക്കുന്ന പരീക്ഷണത്തിൽ തെളിഞ്ഞാൽ അപ്പൊ ഉള്ളിൽ നിന്നോട് ചോദിക്കപ്പെടുന്നു ആരാണോ പുറത്തു നിന്നത് പുറത്താരാ നിന്നാളാജി ഫീര മൺ ബിൽ ബാ ആരാണോ ബാധുക്കം നിൽക്കുന്നതെന്ന് ഉള്ളി വിളിക്കുന്നു ആരാണ് ആരൊക്കെ ശരിയാണ് അസുഖങ്ങളും അപ്പൊ അപ്പം പറഞ്ഞ താഴെക്കൊന്നൊരു രാത്രി വഴിപോകുന്നവരാളാണ് പറഞ്ഞു ഫക്കീര അപ്പൊ ഉള്ളിന്ന് പറയപ്പെടുന്നത് കല്ല അല്ല നീ പറഞ്ഞത് ശരിയല്ല അല്ല ഒരിക്കലുമല്ല മഴ താഴ്ച കല്ലനാണ് പുറത്ത് നിൽക്കുന്നത് ഉള്ളിന് വിളിച്ചു പറഞ്ഞു താഴെത്തല്ല താഴെക്കാണു دلدل دلدل. دلدل. من ذلك من نسبابي اقام حيوانا امام البابي فقيل لمن بالباب قال قاضي كن فقيل كننا دع والدكين تاريكو قلت عدم عليه تبدا عدم بقى حتى اذا عدمهم لامون عدم ونرتم هجومن ട്ടൻ പെട്ടെന്ന് ചാടി വന്നു അനാവയ്ക്ക് ഇരുട്ടങ്ങാറാവശ്യ പറഞ്ഞതാ അപ്പൊ വള്ളമനാവിൻ ആവിമ് ഈ അർത്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാനാ ജന്ന ജന്നാന്റെ മക ജന്നു പറഞ്ഞ മുടി നാളോ അപ്പൊ ഹജ്മ എന്ന് പറഞ്ഞ നാനാവയ്ക്കുന്നു വന്നു എന്നാണ് ലാസിമല്ല അല്ല ലാജിമീരാ ലാജിമൊക്കെ മുത്താജിയാകളല്ലേ ഹൂന്ന് റമീർ പറയാൻ പറ്റുള്ളൂ അപ്പൊ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മൂലിന്നാണല്ലോ ആ മൂലി എന്ന അർത്ഥത്തിനുള്ള ഹജമ ആയപ്പോൾ മുത്താജിയാക്കി കൊണ്ടാണ് വലി ദാരിക്ക് അതുകൊണ്ടാണ് അഗ്ദാ ബിസി നേരെ മുത്താജിയാക്കിയത് മനസ്സിലായി ഹജമ എന്ന് പറഞ്ഞാണ് അപ്പൊ ലാസിമ ഫീല ഹൂന്ന് പറഞ്ഞാൽ മക്കളുണ്ടായി എങ്ങനെ അത് ജന്ന എന്ന അർത്ഥം അത് ഉൾക്കൊള്ളിച്ചു വഹട്ടവച്ചൽ കൌമ തൈത എന്ന് പറഞ്ഞാൽ അവർ വേട്ടമൊരുകെ തന്നെ കൌമികളിങ്ങനെ വരയം ചെയ്തിട്ട് പോകാൻ അനുവദിക്കാതെ കണ്ട് വരയും എന്ന് പറഞ്ഞ മാതിരി പോക അതിനെ അവർ പായിച്ചു പിടിക്കുന്നു അർത്ഥം ഇവിടെയല്ല അർത്ഥം ഇവിടെ ഇവരിന്ന് പറഞ്ഞാൽ നാനാ വഹിക്കുന്നു ആട്ടു മൃഗങ്ങളും ഹവാമല്ലെങ്കിലും പേടിപ്പിക്കാൻ തുടങ്ങിയും വൽ വർഷു വർഷം പറഞ്ഞാൽ എന്താ ഹവാമിൽ ഭരതി കഴിയിലുള്ള ജീവികളാണ് വൽ ഹവാമു എന്ന് പറഞ്ഞാൽ വിശദിൽ ഹവാമു എന്ന് പറഞ്ഞാൽ ഹവാമുണ്ടാകും ആറതി ഭൂമിയിലുള്ള കരിഞ്ഞീങ്ങുന്ന ജീവികളും അതെ അൽ രാത്രി വഴിപോകുന്ന പറയും താഴെക്ക് പറയും വാക്കീല കല്ല എന്ന് പറഞ്ഞില്ലേ അത് ഹാഫ് ഒരു പറഞ്ഞ സാധനം അല്ലാന്ന് പറയാൻ വേണ്ടി ഇങ്ങനോ എന്ന് പറഞ്ഞ വാക്കാണ് ഇതിനർത്ഥം എന്താ എപ്പോഴും ഡയവാ ചെയ്തുകൊണ്ട് വന്ന അനർഹനായ ആളുകൾ ഈ തോട്ടത്തിന്റെ കരക്ക് വന്നിട്ടിങ്ങനെ നിന്നപ്പോ ഇട്ടെ ഇരുട്ടായിപ്പോ ഇവർക്കാകെ വേഗാല്ല ഇങ്ങനെ ഇങ്ങോട്ടാ പോകണ്ടതിരിഞ്ഞില്ല ആ വാദത്തെ പോയിട്ട് അതിന് ഹൈരാജൻ ഇവിടെ നാരൂന്ന് ചേർത്തിട്ടില്ല അപ്പൊ ഉള്ളിന് ചോദിക്കാൻ അതാരാ പുറത്തു നിൽക്കുന്ന ആള് ഒരു വൈഭവം ഒരാളാണ് അല്ല നീ സാദിക്കാറ്റ് വന്ന ഉള്ളിന്ന് പറയുന്നു ഇറങ്ങിയ വലിയ റിചാൻ അതാ അതൊക്കെ നിങ്ങളാ റിചാൽ ആ റിജാലിന്റെ മർത്തബന്റെ മേലെ ബാധ മുഖേന ചാടിക്കടന്നു അർഹതയില്ലാതെ കൊണ്ട് ചാരിക്കണ്ടല്ലോ എങ്ങനെ നെറും നാവുകൊണ്ടുള്ള വാചാലതുകൊണ്ട് മാത്രം അതിയർത്തി അഹമാലില്ല ജമാലിന്റെയും വാഹത്തിന്റെയും മക്കാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അവൻ ധാരാൾ ചെയ്തു എഴുതി തരത്തിൽ ജലാൽ ജലാലിന്റെ പരീക്ഷണങ്ങൾ ഏറ്റുമുട്ടലെന്ന് നേരിടേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതിക്കുള്ള മന്ദതക്കുള്ള ജന്നത വറമ്മ യഥികം മസൽ ഉള്ളവയെ ഖാലു മിൻ ഖബ്ലിഹി മസ്തതുഹുൽ ബസ്വാ വസ്സറ വദുൽസുർ അതാ യഖുല റസൂലു വല്ലദീന ആമന മഹ്മദ റസൂലുള്ള പരിശനങ്ങളെ നല്ലോർത്ത് നോക്കി ചിത്രം കേട്ടൂന്നാണവർ പറഞ്ഞത് ആ പരിശനുകളാകുന്ന ജലാലിന്റെ പദമാട്ടുകൊണ്ട് യാതൊരു അബൂ സിദ്ദീഖ് കാഫിരീബിന്ദ അദുന്നല്ല കോസീറ അങ്ങ തമ്പിയാചട്ട അവരെ മേലിൽ ചാടിക്കടന്നു ലൈലിൽ കബാൽ ജലാലും കൗദുമാകുന്ന ജലാലും കൗദും ഒന്നുതന്നെ ആ ലൈലി ഇവർ ഇരുട്ട് പൊറ്റിയപ്പോൾ ജമാൽ ജമാലിന്റെയും ബസ്സിന്റെയും നഹാറിന്റെ സൂര്യനുണ്ടാക്കി അസമിച്ചു പോവുകയും ചെയ്തപ്പോൾ ഈ അവൻ സമീഹത്തായി മാറി എനിക്ക് വിളിച്ചിട്ടില്ല പലതരത്തിലുള്ള ശക്തികൾ പലതരത്തിലുള്ള ഹവാസുകളാകുന്ന ബുഹോഷികൾ ഇവനിങ്ങനെ നടത്തുന്ന പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെറുകുറ്റങ്ങൾ പങ്കുറ്റങ്ങളാകുന്ന ജറായിമകളാകുന്ന പാമ്പുത്തുകളും ഇവരുടെ ചുറ്റുപാടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നു വലിയ തൽത്തോ അതിങ്ങനെ അവരെ കുട്ടികൊണ്ടിരിക്കുന്നു തടിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെതാ കടമ്പനി കൂത്തുന്നത് പോലെ ഫലം ഈ പിഴയുടെ കുത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കണ്ടില്ല പല മഹൻ ഓടിപ്പോകാനുള്ള വഴിയില്ലാത്തപ്പോൾ വലിയ മഹാൻമാരുടെ വാതിക്കലേക്ക് ഇവൻ അഭിയം പ്രാപിക്കുകയറാൻ ആ വാതിലിന് മുമ്പിൽ പോയിട്ട് അയറാൻ ചെന്ന് ഇതിന് ജോലി ചെയ്തു ഇവടെ വന്നിട്ടുണ്ടാക്കണമെന്ന് നമ്മളതിലേക്ക് കയറ്റി വിടണം എന്ന് പറയാൻ ഇത് അവർ കെട്ടിപ്പുറത്തെ വലിയൊരു കോട്ട് അതിന്റെ അകത്തിലേക്ക് കയറ്റാൻ വേണ്ടി ഇർഫാനാകുന്ന തോട്ടത്തിന്റെ പിന്നാലെ പ്രതി ഈ ഒരു കോട്ട കെട്ടിയിട്ടുണ്ട് ആ കോട്ടിനുള്ളിൽ എന്നെയും കേട്ടണേ പക്ഷെ മിൻ ഫൈലാൻ പക്ഷെ കോട്ടയിൽ കയറണോ തലകുലപ്പിച്ചതിന് കയറണം തലകുരിക്കും കുഞ്ചിട്ട് പോകാൻ കയറാൻ നേരിട്ട് ഇങ്ങനെ കയറാൻ കഴിയൂല അതിന് കയറാൻ അവർ തയ്യാറില്ല ഇല്ലാതെ തലകുലിക്കുന്ന ഈ റിചാറിന്റെ കാട് ചുംബിക്കാൻ വേണ്ടി തല കുറിക്കാണ്ട് അങ്ങനെ കയറണന്നാ ഇവരിക്ക് ഇപ്പോഴുള്ള ഇസ് മുതലായവ എന്തെങ്കിലും ഓനെ തടികൊണ്ട് വിട്ടുവച്ച് ചെയ്യാനോ ഓനിക്കൊരുക്കവും ഇല്ല ആ രീതിയിൽ കയറണമെന്നുബിൻ അൽഹാൽ നിസാൻ അൽഹാലിന്റെ പസീനായ നാഗ് കൊണ്ട് വിളിച്ചു പറഞ്ഞു അയ്യോ ഈ ഭാഗത്തിൽ താഴെക്കാൻ നിൽക്കുന്ന മനുഷ്യ മാതാ എന്താ ഈ വെണ്ടുകോ വാ ഹൽ ഈ ഈ ഹാലിലാണുള്ളത് ഈ തല കുഴിക്കാനും തയ്യാറില്ല എനിക്കുള്ള ഇസും ജാഹ്മെന്ന് വിടാനും തയ്യാറില്ല ഇങ്ങോട്ട് കേറിയും പോണം എന്താ ജനപൂരിൽ വസ്തുവുമല്ല മഹബത്ത് വസ്തു അമരത്തിലേക്ക് ദുപൂരൻ ഉദ്ദേശിക്കുന്ന ഒരു വെളിപോക്കനാകുന്നു ഞാനിരുന്നു അല്ല فقالوا أقول لن وغنو له ألا ألا كارمان الله ليس حالك حال طارقين إن هذا طارق حال الله ولكنك متضفر سارقون نيكتور رامانا سارقا ونوضا بل كأن دون تكتر كأن دون يرسلون للمتضفرين متضفرين لأرنا بلياكا تكتر كنت جلائكا تكتر ناولا ورقنا نتكتر كأن دون يرسلون لأرنا متضفرين سارقانا യില ഇത് കേട്ടപ്പോൾ ഇവൻ ആകെ മുഖ്യസ്ഥല ആകെ പൈലല്ലോ അവൻ ദലീരാക്കിയപ്പോൾ അവന്റെ മസലഭ് കിട്ടുകയും ചെയ്തു അവൻക്ക് ലഭ്യമായും ചെയ്തു ഈ വഴിമ്പാനിപ്പോഴുള്ള ഈ അവസ്ഥയിൽ മാവൂലാണ് ആ തീരുമാനം തീരുമാനപ്പിനുള്ളിൽ കേട്ടില്ലാന്ന് അപ്പോ കുറച്ച് തക്ലീമിനൊരുങ്ങിയപ്പോൾ ഓരോ തുമ്പ്രനേക്കും എല്ലാവരും പ്രവേശനം അനുവദിച്ചു എന്നാ പറഞ്ഞു വന്നത് കിട്ടണ്ടെന്നില്ലെങ്കിലും ഇവിടെ തത്രിയും ഇവക്കെങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് തത്രിയും ഇനി ഞാൻ ഒപ്പറ് കൊണ്ടുവന്നത് ആ ഉയക്കോലും ഇനി വേറെ നിറത്തിലുള്ള ചലഹമറിയ ഹത്താത മുത്തഅ്യാ ഹു ഹജമ ഹാതൽ മുത്തഅ്യ മനുഷ്യനോടുണ്ടാക്കി നാനാ ഭാഗത്തുനിന്ന് കുടികൂടി മുത്തക്കമ്പിളാ മനുഷ്യനോട് എന്ത് കുടികൂടി ആകുന്ന ഇരുത്ത് കുടികൂടി തെറ്റുകളും ഐബുകളുമാകുന്ന ബുഹൂഷികൾ ഇവനെ ചുറ്റും വന്നിട്ട് കടയും ചെയ്തു ൾ ഇവനെ വരുകയും ചെയ്തപ്പോൾ അർത്ഥം ഈ ഇട്ടിൽ നിന്നും ഇതിൽ നിന്ന് അതായത് മൂഹോസിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മറന്നു കിട്ടിയില്ലാൻ ഒരുപാട് കിട്ടിയില്ല കിട്ടാണെന്നപ്പോൾ അക്കാമി ആദിശയങ്ങളുടെ ബാബിന്റെ പിന്നാലെ പോയി എന്നിലെ യക്തം തുരുവ ഹമതവന്ന അഖ്വ ബിർബിൽ ആലമീ റബ്ബുള്ള ആലമീനായ അല്ലാഹുവിന്റെ വക്കിൽ നിന്ന് റഹ്മതിരി മാഫിയ്യന്ദാതനം ചൊല്ലി വിടണം അതിന്റെ മരങ്ങിനെ വർഷിക്കാൻ വേണ്ടി അവിടെ പോയിട്ട് അണിച്ചു കൊള്ളാം അപ്പോൾ ഈ ഹാളിൻ്റെ ചിവൽ ഹൈറത്തിൻ്റെ അവസരത്തിൽ യൽ മുസമീരോ ഇവൻ പ്രവേശിക്കുകയാണ് മീൽ സഅതിൽ സഅതി കറമി ഇ ഈ ആദൃശീങ്ങളുടെ കറമിന്റെ വിടാലതയിൽ നിന്ന് പ്രവേശിക്കുന്നു ലാ ഹംദതൽ ودي അടക്കുന്നണ്ടുള്ള ഒരുോട്ടം ചെറിയ നോട്ടം റാവു അങ്ങനെ തന്നെ കണ്ണൂടെ നേരെ നോട്ടം അരകളില്ല ഒന്നോർ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയിന് ഏതോടൊപ്പം പത്ര പത്ര പത്തറത്ത്ന്ന് വെച്ചാൽ അമലുകൾ മുടങ്ങിയവര് അതാ പത്ര അപ്പലത്ത് അപ്പലത്തന്നെ അതിന്റെ അഹരുകാരുടെ ഉള്ള അതേ കോലത്തിൽ ഇപ്പം ഉള്ളത് ോ അപ്പോൾ അവർ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നു ആരാണ് വാതുക്കം നിന്ന മനുഷ്യന്മാര് വിലയിരുത്തു ഹോലമാരൻ അഹ്ബാബിനോടൊപ്പം ഉള്ളിൽ കയറാൻ വേണ്ടി ബോധ്യവെച്ചു നിൽക്കുന്നു ഇവന്റെ കവളിത്തലത്തിനുണ്ടാക്കണം തുറാദു പുരട്ടാതെ കണ്ട നിൽക്കീഴ്പെട്ടിട്ട് വിനിയം കാണിക്കുക പ്പോൾ ഇയാൾ കൊടുത്ത മറുപടി താഴെക്കൊൻ ഒരു രാത്രി വെളി പോകുന്ന ഒരാളാണ് ഇടിയതിൽ വസൂലിനെ ഉദ്ദേശിച്ചു വന്നതാണ് താഴും പറഞ്ഞില്ല താഴ്ചന് എന്തില്ല ഇവിടെ പ്രവേശനമില്ലെന്ന് പറഞ്ഞു ചൊപ്പിലേക്ക് താരിഖിന് പ്രവേശനമില്ല കാരണപോളം ചോദിക്കും താരിഖ് ഇവയപ്പെടുത്തേപ്പോൾ ഓരോ സാരിഖിനുമെല്ലാം കൊണ്ട് തിരിച്ചു പറഞ്ഞത് അപ്പോൾ ഈ ഡാമേജ് സൈനാണ് താല്ക്ക് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഈ എന്താ തട്ടുന്നത് തട്ടടാ അലവാടില്ലാതെ കണ്ട് ടിക്കറ്റ് ഇല്ലാതെ കണ്ട് എന്താക്കി ഓറെ ഇത്ര ആയിട്ട് ഇവന്റെ കൈമറടുക്കി ഇവരെ കയ്യിലാക്കി ഇവരാണ് എന്റെ ഭക്താക്കളും അല്ലെ വെള്ളമറും ഇന്നുകൾ മുത്ത ാളെന്നുദർത്ഥം എട്ടൊരു കലാമി റൗമിന്റെ കലാമിനെ കക്കു ഇതിന്റെ വനിത സമൂഹത്തിന്റെ മസ്തി ആരോ ആത്മത്തിന്റെ പാട്ട് പാടിയിട്ടുണ്ടാവും ഈ പാട്ട് ഇവൻ പാടി ഇവൻ മൊഴി പാടിച്ച ഈ പാട്ട് കേട്ടാക്കുന്ന ഇവൻ മൊഴിപാടാം പറയപ്പോ വരമെല്ലാം ഹൈബോ തെക്കാണ് പാട്ടുമ്പാടിയാ ഈ ഹാർ നമ്മക്കിന്നല്ലേ കേട്ടാളിന്ന് നല്ല പരിശീലത്തോന്നി എന്റെ പാട്ടായിട്ട് അവതരിപ്പിക്കല് കളറില്ലേ ആ ഹാനം മക്കളാമൻ അതും ഒരു ഹാലും മക്കളാമുമായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത് ഏകദേശത്തിൽ വളരെ ചില ഹോട്ടലു വരേ അവരുടെ മേലിൽ ടിക്കറ്റ് എടുക്കാണ്ട് കേടുക എന്ന ത നോക്കുമല്ലാതെ ഓർന്നുമില്ല നൂന തുറക്കുമ്പോഴാ വിചാരിച്ച തോപ്പുമില്ല ഒന്നുമില്ല കൽണ്ടാക്കുമ്പതു മറ്റുള്ളവരെ തീക്ക് കൊടുക്കരാ അതിൽ കൂടെ വിജയത്തിലേക്ക് കിട്ടുന്നത് അതല്ല അങ്ങനെ ദലീലായി വൻകത്ത ലഹരിക്ക് ലഹരിക ആരോഗ്യവേണ്ടി കീഴൊരുങ്ങനെ മുൻകത്തറായി നിൽക്കും അവിടെ ഇനിക്കൂല അപ്പൊ ി ഭാബി ഹിം അവൽ നിൽക്കും അവര് ആ തഹിവാറുണ്ടല്ലോ അവരെടുക്കൽ മാരിഫത്തും അൻവാറുകളും എന്തൊക്കെയുണ്ടോ അതിലേക്ക് മുഫ്തക്കിറായിക്കൊണ്ടും ആണെന്നല്ല മുഫ്തക്കിറൻ എന്നുള്ളത് എന്തല്ലേ ആ മൊഹത്തിറന്നും ശരിയാവൂല മുഫ്തിറാൻ ഇഷ്ടക്കാർ ഉള്ള لئنهم عبر باب الله الا لم الله نقول تركنا واذلينا اذا ذي সম্বন্ধে যে পরগাড়াবুদু সম্মান ابহালে ইনাহু রাহমাহুল্লাহ আদিনে পেটি উনতি আইতু ক্বালা দওন ন্দুলরে দাও ফাক্বালা মহিন পাঈবাল জান্নতি লিহারিরিন ক্বাবলা আলফিল ফাতি ফাক্বীরা আল্লাহুম তাবুস তাই طَارَقُونْهُ قَائِدًا وَوَارِي طَارَقَ يَا قَوْمِي عَلَى قَصْرُونَ قَالُوا جَهِنَّمَ قَالُوا جَهِنَّمَ سَأَمَنَلْ مَكُونِينَ نَرْتَقِي نِهاَئِذٍ قَادِرٌ مَلَّ فِي الْقَالَاتِ فَقِيلَ أَلَّا كُنْتَ بَابُ الثَّانِينَ فَقَالَ كُنْتُوا قَائِدًا مَا بَانِينَ فَقَالَ يَا قَوْمِي أَنَا تَشْرُونِينَ قَالُوا جَهِلْتَا ثَامَنَا الْمَثُمُونِينَ يَجْبَتْنَ عَلَىٰ أَمْبَيْجِي فَقَالَ ഈ പുറത്ത് ഇതിൽ കേറിപ്പറ്റാൻ നോക്കിയാലുണ്ടല്ലോ അവസ്ഥ കിട്ടിയിട്ടും ഇല്ല ഇങ്ങോട്ട് കേറിപ്പറ്റാൻ പോയാലോ അങ്ങനെ നീ സാരി കാണുക നിങ്ങോട്ട് വേണ്ടതെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് വായിച്ചപ്പോ ഈ അദ്ദേഹം അവരോ എന്താ പറയുന്നത് മാഹിലാൻ നിങ്ങല്ല പോയല്ല കൊച്ചു പിന്തിച്ചിട് നിങ്ങനെ കുറ്റപ്പെടുത്തല്ല കൊച്ചെന്നെ പിന്തിക്കും എനിക്ക് ചില കാര്യം പറയാണ്ട് സായും വെൽജന്ന ഈ തോട്ടത്തിന്റെ ഉടമകളെ ആരിക്കുമുണ്ടെങ്കിൽ പിന്തിച്ചിടേ ഹാ ഗിരിൻ ഒരു പേജാത കുളിച്ച് മനസ്സിലാ ഞാനി അത് നല്ല പിൻപലാത്തി ഇവിടെ നടന്നു പോകുന്ന മെഡിയരി ആളോ ഇന്റെ സ്ഥലത്ത് വെച്ചിട്ട് വിജനമായ സ്ഥലത്ത് ഞാൻ മെഴുതിട്ടി പോയതാണ് പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട പോലെ അറിയില്ലാണേ സത്യല അപ്പോൾ അങ്ങ് നിങ്ങോട്ടുള്ള മറുപടി ഹല്ല കുണ്ടു നീയും ഇതുപോലെ തോട്ടത്തിനുടമ ആയിക്കൂടായിരുന്നോ എന്നാൽ നമ്മൾ ഈ അഗ്രീശയത്തിൽ തഹട്ടി കാക്കിട്ട് ഒരാളായിക്കൂടായിരുന്നോണോ ചോദ്യം അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി കൊന്തു ഞാനായിപ്പോയി കായിലൻ മുജാഹിറത്തിനറങ്ങാത്ത ആളായി ഒന്നു മുജാഹിദീൻ അനു കായ്ലീന് വ വാനീ മടിയാട്ടിയാളു പോയി ഞാൻ മടിയനും കായികമായി മാറിപ്പോയല്ലോ എന്ന് ഇപ്പൊ മുസ്താന്റെ ആളാകാൻ കഴിയൂല സക്കാല ഇവൻ ചോദിക്കുന്നു യാമി യാവമിയ അല തസ്രൂനി അതെനിക്ക് ദുഃഖവും ബലക്കുകയോ അവർ പറഞ്ഞ മറുപടി ജഹീൽ തമിഴൽ മസുമോദീൻ വില നൽകപ്പെട്ട സാധനത്തിനാണല്ലോ മസുമോഹൻ ഈ മസുമ്മോന്റെ വില എനിക്ക് അറിയാണ്ടായി പോയി ഇത് വിലത്തെക്കാൻ കഴിയൂല അത്ര വില കൊടുക്കണം നാം ഊഹൂ അപ്പൊ ഇതിന് ബല വരേണ്ടതാണ് ഊഹാൻ അപ്പൊ ഇതിന് ഇതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചതും അവർക്കർക്കാൻ കഴിയൂല അപ്പൊ ഈ ചോദ്യോത്തരങ്ങൾ അതിനോട് ഉള്ളത് അപ്പൊ ഇവൻ അവിടെ പോയിട്ട് എതിർ ബോധിപ്പിച്ചു മഹിരൻ സാഹിബ്രീന്നെല്ലാം പറയുമ്പോൾ ഞാൻ കള്ളനൊന്നുമല്ല നിങ്ങൾ അന്നങ്ങളൊന്നും പറയലാന്ന് എതിർ ബോധിപ്പിച്ച പണ്ടായി തൽക്കാലം കീഴടങ്ങൽ വന്നു പിന്നെ നിങ്ങൾക്ക് നമ്മളെ കൂട്ടത്തിൽ കൂടി തോട്ടത്തിന് ഉറമയാകാൻ പറ്റൂലെ ഇങ്ങോട്ട് ചെയ്യുന്ന ഒരു ആ ദേവത്ത് സ്വീകരിക്കുന്ന സ്വനിക്കുള്ള തടസ്സമാണ് മറുപത് പറഞ്ഞ ഞാൻ കായുധുമാണ് മടിയനുമാണ് അത് എനിക്ക് അർഹതയില്ലാന്ന് ഒഴിവാക്കി പിന്നെ എനിക്ക് വിലക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോ ഏ ഇതിന് വല കിട്ടാളില്ല വല എനിക്ക് പറയാൻ കഴിയൂലെന്നറിയുമ്പോ ഭയങ്കര വല കൊടുക്കണം അവർ ഒരുപാട് കാശ് കൊടുക്കേണ്ടതുണ്ട് അത്രയും അമൂല്യമായ സാധനം വാങ്ങുന്നറിയിക്കരുന്ന് അപ്പൊ നാല് ഇഷാറത്തുകളാണ് ഈ പദത്തിൽ ആകെ ഇറങ്ങിയത് ഒരു ഇശാർഥന ശൈലിയാണ് قلت اوي المهلوا ابدا بقال ماحلن انما أن مهلهن ونما اتخرو بيدكل وتعني علقم ادور هذولك من نكن ارقم ابو مهلن انه رتب له الاعراب هو مظهرانه هو مظهر ابو ما مصل ار قلت ور مكنه استنعه ابو عندهم مظهر ون مصرح لما مصرح لمتالكي صديفة عامل واسمت عامل غليبتون أن أمهلني مهلن أننا لا أمهلني أننا لا أمهلني أننا لا أقار قد يفهلني مصرح يتبع جهة فين اللي حائر قد ملا نورنا تنفا نشتبتور إليتي بوئي نكي أعطم فين فلات نورنا هو المرضع القفر الخالي من العمارة جانبات فين التطيقاني آيا കാട് പിടിച്ചു കിടക്കുന്ന വിജനമായ തരത്തിലാണെന്ന് പറയുന്നത് പലാസ് ഈ പലാസിൽ വഴി വറ്റത്തിരിഞ്ഞു പോയി വെഴിയിലെത്തിപ്പോയി ആളു ഇനി സ്വകാലക്കു കായറിയാം വാണി എന്ന് പറഞ്ഞ എന്താ വാണി എന്ന് പറഞ്ഞ വാലി എന്ന് പറയും സമയം വെറുതെ കളഞ്ഞ് മുസഹായ ആളുകൾ കിട്ടിയ സമയം വെറുതെ കളഞ്ഞ് പലാത്തി ആൾക്കുന്ന വാണി എന്ന് പറയും يقول رضي الله عنه <تشترك> ان ذلك المدعي المتطفي لا اورාලින கேறி வந்தല്ലോ متطفي दट دعவா செய்து கொண்டு கேறி വന്ന ஆளு நம்ம αρபன் हक वाله हक री मர்னு வந்து اهلガरी मர்नु वो तहقق አይபஹो जाहिरहु అవదవنده አይபும் इवنده போறையினோ ইয়ார்கንዳக்குorப்பம் பண்ற அப்ப ஒரு குட்ட போதம் பண்ற ല്ലേ അമാലി അഹിലി എത്തിച്ചു വാറബാൽ അതിന്റെ ഉള്ളിൽ നിന്ന് മറുപടി കൊടുക്കുന്ന റിജാൽ ഉണ്ടല്ലോ അവരുടെ വാക്കിന്റെ അർത്ഥവും മനസ്സിലായി അങ്ങനെ വാദിക്കലും മുതൽ മുത്തിയല്ലോ അന്നു കേട്ടിരുന്നു വന്നിട്ട് ഇപ്പോൾ ത്വരിതമീൻ താലിക്കൽ ജനാബ് ആ ജനാബലിനിങ്ങനെ പുറത്താക്കപ്പെടേം ചെയ്തു നീ സാധിക്കാന്ന് സാധിക്കല്ലാന്ന് പറഞ്ഞിട്ട് പുറത്താക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് അല്ല അവനെ പറ്റി തെറ്റിക്കാരണം എന്നിട്ട് അല്ല വന്നഹോ ലംസ് എന്താ തുകഹു അവൻ ലം ജൂൽ കിസ്ലാഹ ഇവൻ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടില്ല എന്നൊരു തോന്നൽ ഉള്ളിൽ അതുകൊണ്ടാണ് ആട്ടപ്പത്ത് പുറത്തു പോകുന്നത് ണല്ലോ ഈ തസ്ലീമിന് ഒരുങ്ങിയിട്ടില്ല എന്നുള്ളൊരു തോന്നലി വന്നപ്പോൾ ഇവനാട്ടിടെ ചോദിക്കപ്പ വലം യന് ആൻഡ് അവന്റെ ചീത്തയായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിച്ചിട്ടും ഇല്ല എന്ന ബഹുമത്ത് കാരണത്താലാണ് ഉണ്ടാക്കിയത് സാധിക്കാൻ ഉണ്ടാക്കിയത് അങ്ങനെ വന്നപ്പോൾ കാലലകും അവരോട് ഇവൻ മൃദുലായിട്ട് പറയുന്നു മഹിരൻ അലയ്യ ഈ തോട്ടത്തിന്റെ ഉടമകളെ നിങ്ങൾ അങ്ങനെ പറയല്ല ഞാൻ കേറുന്നയാളാണ് കഴിഞ്ഞ കാലത്ത് നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് കിട്ടിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അല തരിക നിങ്ങൾ എന്താണൊര് ഇളവ് ചെയ്യാത്തത് ഈ വേദാര പൊളിച്ച ഈ മനുഷ്യരിക്ക് ിൽ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ഞാൻ വെടിയെത്തിപ്പോയിരിക്കുന്നു ഇവനെന്താക്കി വശത്തിലാക്കിയിട്ടുണ്ട് വലതഹത്തു ഹയ്യാത്തുൽവൽവാത്ത് ഹന്നുകളുമാകുന്ന പാതകൾ ഇവനെ കടിച്ചുകൊണ്ടിരിക്കുന്നു വലതഹത്തു ഹത്തോക്കിവാ തെക്കുകൾ ഹത്രാത്തുകളാകുന്ന തേളുകൾ ഇവനെ കുത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇവിടെ എത്തിപ്പെട്ട ഒരാളാണ് സക്കാലൂ അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു ലോഹു അയിനകുന്ത വക്കത്തീഹിതോമി വമർദില്ല രാത്രി തണുപ്പുള്ള സമയം നല്ല ചൂട് കാറ്റടിക്കുന്ന സമയത്തൊക്കെ നീ എവിടെയായിരുന്നല്ലോ അങ്ങനെ പഴം കായ്ക്കേണ്ട സീസണാ പറയുന്നു പഴംതാക്കണം ശരിക്ക് കായ്ക്കണമെങ്കിൽ തണുപ്പിന്റെ അങ്ങ് പഴം പിന്നെ ചൂട് കാറ്റടിച്ചിട്ട് പൊഴുക്കരുത് ആ സമയത്ത് നീ എവിടെയാണ് എനിക്കൊരു തോട്ടം വാങ്ങാൻ സത്യചാരു അപ്പോഴാണല്ലോ നിചാരികൾ നട്ടുവളർത്തി അസിചാർ അൽ മഹാരി മഹാരിഫിന്റെ അസുജാറുകൾ നട്ടു വളർത്തിൽ മഹാനി എന്നിട്ട് അതിൽ മഹാനകളാകുന്ന തിമാറുകളെ കൊയ്തെടുത്ത അവസരത്തിൽ നീ എവിടെ പോയിട്ടോ പാൽഅം പറയുന്ന കുന്തു ഇന്ത കാനൂനിൽ കത്തരി മടി എന്നുള്ള കാനൂന്നെച്ചാൽ അത് സീസണും ഉണ്ടല്ലോ അപ്പൊ സീസൺ എന്താ കരുത് ആ കാനൂർ ഞാൻ കൊടുങ്ങിപ്പോയി ആറിൽ ബസാലത്തി ബത്താളത്തിന്റെ നാറം വന്നിട്ട് എല്ലാം കത്തിക്കെരിഞ്ഞു പോയി കായിപ്പോയി വാനിയായി പോയി നോക്കറി വാർത്തെപ്പിച്ചത് മാനി കായി വാനീന്നൊപ്പിച്ചതാ ഇവാർത്ത നല്ല അപ്പൊ അവര് പറഞ്ഞ ലോകം ലാ തമിന്ന നീ വിചാരിക്കണ്ട അന്ന ബസാത്തൽ മഹാരിഫി റഫീസൻ ഈ പുസ്തകണ്ടല്ലോ നമ്മുടെ തോട്ടം അത് വിലപോർന്നു കിട്ടാവുന്ന സാധനമാണ് ജീപ്രൈസിന് കിട്ടുമെന്ന് ചോദിക്കേണ്ടത് അതല്ലോ അലാ തശൂ ബുക്കോന്നൊക്കെ ചോദിച്ചേ ഒത്തിരി അശ്വന്നൊക്കെ ബുക്കോന്നല്ലോ കൊല്ലോ എല്ലാ മാഷിയോക്കും വളരെ വിലപിടിച്ച സാധനമാണ് മാരിഫിഫത്താകുന്ന പഴങ്ങളെ കൊയ്തെടുക്കപ്പെട്ടിട്ടില്ല രാസരെ മറുദോട്ടല്ലാതെ രാത്രി എന്താ പറയുക നല്ല തണുപ്പ് രാത്രി ഉപയോഗപ്പെടുത്തണം സക്കാല ഇവം ചോദിക്കുന്ന യാൽ തറോം ഇവർ ജ്യോത് കാമിന്റെയും ഹരികാറായ കോമിങ്ങളെ അല തബി ഓലിൻ ജിമാലിക്കുമ്പോൾ മന്ത്രോത് നിങ്ങൾക്ക് കോച്ചണക്കപ്പെട്ട നല്ല പഴങ്ങളുണ്ടല്ലോ അത് കുറച്ച് വിലക്ക് തരുമോ തൂമ്പോ നീരാ തഴത്തി നില്ലിക്കുമ്പോൾ മന്ത്രോത് നിങ്ങൾ ആ നെല്ലിലൊക്കെ എന്നെയും കുറച്ച് അണച്ചു കൂട്ടുമോ കുറച്ച് തന്നിട്ട് മറുപടി ജയിസാമാന സിമാരിൽ മഹമൂന്ന് നമ്മുടെ ഇത് ഈ ഭയങ്കര പഴത്തിന്റെ മഹമൂദായ പഴത്തിന്റെ വലം എനിക്ക് അറിയാണ്ടായി പോയി മോൻ അതുകൊണ്ട് ദുഃഖം ചോദിക്കുന്നു വലതരംഗല എന്ന് പറഞ്ഞു അവിടെ പല തനാരുഹോ അത് എനിക്ക് കിട്ടൂല്ല മോനെ വലോഹൂ നിന്റെ കഴിവിന്റെ പരമാവധി മധുഭൂസിന്റെ രസന്നെ കണ്ടാക്കി ചെലവാക്കിയാക്ക് കിട്ടാൻ പോകുന്നില്ല കൂടുതലും വാങ്ങാൻ കിട്ടൂലുനാലുമാറി അല്ലേ വാർത്ത නම් සුහි රබි තාරී දියා වි තාරීපි මනරහ දුල් අයිනි මුල් ෆූදු තී වයින් නමා තුබා බි නුෆූ තී අබුනික් මුතුමෙන්ද බල അറിയാൻ දෙపోయినല്ലേ പറയുന്നു እንது പറയുന്നത് ಫಾฮಾದಿಹಿ ಈ ಕಾಣනದು ಫವಾಕಿಲ್ ಮಾದಿ ಮಾದಿ ಫತಾගන ಫವಾಕಿ ಆ සාದನ್ನ ಗಾರಕಿನ ತೋಟൊന്നಲ್ಲ ಇದೆ ಅದಲ್ಲ ವಿಷಯృతಕ್ಕೆ ಇತ್ತು ಇದೆ അത് വിലക്ക് വാങ്ങാൻ കിട്ടൂല വി താരിഫി താവര ജംഗമ സ്വത്തുക്കൾ മുഴുവനും കൊടുത്താലും കിട്ടൂല സ്വത്തുക്കൾക്ക് രണ്ടുപേരുണ്ട് താവര ജംഗമ സ്വത്തുക്കൾ എന്നാ പറഞ്ഞ നീക്കപ്പെടുന്ന നീക്കപ്പെടാത്തതും അപ്പൊ താരി ഒറിജിനൽ പഴയതായിട്ട് പണ്ടേ കെട്ടികളൊക്കെ കുറേ സ്വത്തിന്റെ താരിഫ് എന്നാണ് ഇപ്പൊ നിങ്ങൾ പുതുതായി സമ്പാദിച്ചിട്ടുണ്ടാക്കിയത് അപ്പൊ സ്വത്തിന്റെ ഏത് ഇനങ്ങൾ കൊടുത്താലും ആകൂല അത് കിട്ടൂല മാനാലഹ അത് എത്തിച്ചിട്ടില്ലാതീ തടിയുടിയോനി എത്തിച്ചിട്ടില്ല തടിയുണ്ട് ഫീസുണ്ട് കാസും തടിയുണ്ടായിരുന്നു കിട്ടൂല അതിന് പകരം നഫ്സുകൾ പകരമാക്കി കൊടുത്താലേ കിട്ടുള്ളൂ നഫ്സ് ആണ് ഇടാതെ കൊടുക്കേണ്ടത് ില്ല എവിടെ മാലിൽ തുർഫ് തന്നു മിൽക്കിൽ കുറെ കാലം എന്തുപറയും വായിക്കാം ബി ഫി ഫോലെ നമ്മു എന്ന് വായിക്കാം അപ്പൊ എന്താകാം തൽത് തൊൽ തലത് തരി കൊണ്ടും വായിക്കാം തിരാത് എന്ന് വായിക്കാം തലിയത് ഇത്തിരാത് എന്നൊക്കെ പറഞ്ഞ എന്താന്ന് മാം നിന്റെ സ്വത്തിനാലിൽ നിന്റെ അടുക്കൽ നിന്ന് പണ്ടേ പുറത്തേക്കും സ്വത്തുണ്ടല്ലോ പഴയ കാലത്തുള്ളേ അത് പാരിഫെന്ന് പറഞ്ഞാൽ അൽഹാരിഫമിന് അൽ മാൽ സ്വത്തിൽ നിന്ന് പൊതുണ്ടായത് എന്ന് വെച്ചാലോ അല്ലോ നിന്റെ മിൽക്കത് പുതുതായി വന്നിട്ടുണ്ട് ആ താവിന്റെ ചോപ്പസിച്ചുംകുന്ന ഈ പഴങ്ങളും വാതുവാൽ വിജുതാൻ വിജുതാനാകുന്നതായിട്ടല്ലാസ്വദിച്ചറിയൽ എന്നതും വാൻവാഹരീനവൽവാസലി റാഹിരീയങ്ങൾക്കും വാസനങ്ങൾക്കും കിട്ടുന്ന അൻവാറുകളും ആരാ റാഹരികളും വാസുലികളും ഒന്നാണോ രണ്ടാണോ വായനീയങ്ങൾ എന്നോ യാത്രക്കാർ വാസര്യങ്ങൾ സ്ഥലത്ത് ലക്ഷ്യത്തിലേക്ക് എത്തിയവരാണ് രണ്ടും രണ്ടാം ഒരു കൂട്ടർ വഴിയിലുണ്ടത്ര മറ്റേ ലക്ഷ്യത്തിലെത്തിയവരുമുണ്ട് ഒരാൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ മറ്റേത് പാസ് മാത്രം സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആദ്യ വാത്സര്യങ്ങൾ അവന് ഇത്യാസുണ്ട് ഇവർക്കൊക്കെ കിട്ടിയ അൻപാറുകളും അത് മുതലുകൊണ്ട് മാങ്ങാൻ കിട്ടൂലെന്നാ പറഞ്ഞത് ഏത് മുതല് അൽ കദീമത്തി പഴയ മതിലര താരിൽ ഹാബിസത്തേത് വലാവിൽ കത്തിന്റെ കസും വിട്ടൂല എക്സിട്ടാബോ ഒന്നും കിട്ടൂല വൈന്ദിയ പതിലും അദീമിൽ അംബാവിന്റെ വക്കൽ നിന്നുള്ള പതില് മാത്രമാണ് യഹോസ്വബിഹ അതുകൊണ്ട് അമ്പാവ് പ്രത്യേകമാക്കുന്ന അവൻ വണ്ടികൾ വെച്ചാളെ അതെങ്ങനെ അസ്വാപിച്ച അസ്വാഭാവിക അസ്വാഭാവികത്തിലാ നമ്മള് അസ്വാപി ചെയ്യണം ഇനി സബവിന്റെ ഫായൽ ആരാപ്പായ പാൽ തന്നെയെന്ന് സബവിന് പ്രത്യേകം എന്തില്ല പ്രത്യേകിച്ചൊന്നുമില്ല സബബിൽ കൂടി തന്നാലും ആരണ്ടെന്നെ അന്ന് അവർ തന്നെ വേണ്ടതാണ് സബവിന്റെ ഫായലോ അധാന്യം സബബിന് ഇതിൽ പങ്കൂല അതാ ഇനി ഹിക്കുമ്പാർത്ത പുറത്തിരിക്കുന്നു മീൻ തമാക്കൻ സി അത് ഹിക്കുമ്പോഴത്തി നിനക്ക് ഞാൻ ചെയ്തതിന് തമാമിൽ പെട്ടതാണ് അൻഹരക്ക ചില കാര്യങ്ങൾ നിന്നിൽ അമ്മ പടച്ചുണ്ടാക്കി തന്നു നമ്മൾ ചെയ്യുന്ന അരൻ ഈ മഹമ്മൂദായ നമ്മൾ ഈ പറിച്ചിട്ടാക്കി തന്നിട്ട് ഈ ഷീലന്റെ പായിലാക്കി പറയുന്ന ആരാ നമ്മളാ നമ്മൾ നിശ്ചിക്ക് നിസ്കാരം എന്നൊരു ഷീലല്ലേ എപ്പാ നമ്മളെ അമ്മലല്ലേ അങ്ങനെ പായിലാരാ നമ്മളോ ഒന്നാകോ അല്ലേ അപ്പൊ നമ്മൾ നിസ്കാരമാകുന്ന നമ്മൾ പഠിച്ചുണ്ടാക്കിയിട്ട് മുസലീങ്ങുള്ള പേരായിരിക്കും നമുക്ക് ചേർത്തി നിന്നെക്കൊള്ള അങ്ങനുണ്ട് അതെന്നാ നിയമത്തിൽപ്പെട്ടതാണ് നിന്നെക്കോളെ ചേർത്തിട്ട് പോലൂത്തുസൂസിയത്തിന്റെ അസ്വാമില്ല വിരാത്തിന്റെ അസ്വഭാവം ഉണ്ടായിരുന്നു വരാം അത് ഇന്നമാഹൻ ഇരാഹിയത്തു ഇലാഹിനെ കൊണ്ട് ചേർക്കപ്പെടുന്ന ഓശാരങ്ങൾ മാത്രമാണ് مَا ുമാണ് മാ ൻ ആദ്യമായിട്ടെന്താക്കണം റായ്ബാകണംഹി വാന്റെ സ്വത്തിനെ തൊട്ടും ജനങ്ങളെ തൊട്ടും അപ്പം മുമ്പത്തിനായി രണ്ട് കാര്യം ഇതൊക്കെ മാലും ജനങ്ങളും സുമ്മയക്കിന് പിന്നെ ഫനാകാകണം അൻതിഹി വലഫ്സിന്റെ സ്വന്തം നഫ്സിനെ തൊട്ട് ഇനി മുത്തസില ഇതിനകത്തോട്ട് ഫനാകണം അപ്പൊ അതിന്റെ ത്രസീബ പറഞ്ഞത് എന്നാൽ ആന തന്നെ ഇവിടെ ഫനാഗ് വന്നാൽ മറ്റേ ഫനാഗ് ആദ്യമായിക്കൊള്ളു പിന്നെ പിന്നെ പനാഗാകണം മൂന്നാമത് ആം പനാഗ് ഈ പറയപ്പെട്ട രണ്ടിനും ഞാൻ പനാഗായിട്ടുണ്ട് എന്ന ബോധം ഉണ്ടാകാനും പാടില്ല പനായത്തൊട്ടും പനാഗമാണോ ഞാൻ പെർസിനെ തൊത്തും ജിൻസിനെ തൊട്ടും എന്റെ നെപ്സിനെ തൊട്ടും ഞാൻ പനായിരാണുള്ളത് എന്നുള്ള ആ ബോധമുണ്ടായ അതൊരു ശ്ലോകറാണല്ലോ അതിനെത്തൊട്ടും പനാഗമാണോ അതും അറിയാൻ പാടില്ല ഇതിട്ടാബി ബിൽ ഒന്നും ഇഹ്ലാസിന് തൊട്ടും ഇഹ്ലാസാണെന്നുള്ള ഞാൻ ഇഹ്ലാസ് ആക്കി ഇതിന്റെ മുഹലിസാണെന്നുള്ള ബോധം വന്നാൽ അതൃതരം ആണല്ലോ അപ്പൊ ഇഹ്ലാസ് ഉണ്ട് എന്ന ബോധത്തിനെ തീർത്തും നാം ഇഹ്ലാസ് അതാ ഫനാ ഉൽ ഫനാൽ അങ്ങനെ വരുമ്പോൾ കൊല്ലി ഈ പറയപ്പെട്ട അവസ്ഥയിലെല്ലാം ونُلا الا فاضل ربي ربي، فاضل الا فضل ربي رببن فضل لا تو ون بلد لا تكا ادكرين الا ذم بون واهيم يطاهي وانشدوا بذيه كمي قد بنوا وطن كلكم توهتم ان وصلك استرا بنفائز لم عالم الارباح ولا لن تجهل ان حبك هين فَثَنَّا عَلَيْكَ رَحِيمُ الرَّحْمَ وَأَرْوَاحِي حَتَّى رَأَيْتُكَ قَاهِضَ تحت... أَمْرًا تَجْتَبِي وَنَادَى بُلِي قَتَّا طَارُوا بِنَقَائِبِ الْأَمْنَى فَعْلِمْتُ أَنَّ كَذَاتُنَا نَالُوا بِهِذَةٍ فَلَرِيثُ رَئِسِي تَحْتَ ظِلِّ جَنَاحِي അത് കൊണ്ടു ഞാനായിരുന്നു അഹ് പോയി വിചാരിച്ചു പോയിരുന്നു അല്ല വസ്തുതക്കാ ഈമായുള്ള വസ്തുണ്ടല്ലോ ആ കൂടിച്ചേരൽ വിസ്തറ അത് വാങ്ങാങ്ങിട്ടും വിന പായി സില്ലം മാതിരി വല്ലർബായി അതായത് നേതേപോലെ താലിദും താലിഫും എന്തതാ താലിത് ഏതാണ് അമ്മാൻ അതിൽ നിന്ന് പിരിഞ്ഞിട്ടായിട്ട് പുതുതായി വന്നതാണ് അഹ്ബാൻ അപ്പം മുടക്കം മുതലും ലാഭവും ലാഭം പറഞ്ഞിട്ടുണ്ടാവുന്നല്ലേ അസുര മുതലും ലാഭവും ഇത് രണ്ടും കൂടെ കൊടുത്തിട്ട് കൊടുത്താൽ അത് പകരമാക്കിയാൽ വകം കിട്ടുന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചു പോയത് പൈസ കിട്ടുന്ന സാധനമാണ് ഞാൻ ജാഹരുകൾക്ക് വിചാരിച്ചു പോയിട്ടുണ്ട് അന്ന ഹുബക്കാ നിന്നോടുള്ള ഹുബി എന്നത് അയ്യരൻ അത് വളരെ എളുപ്പത്തിലാകുന്ന കാര്യമാണെന്നൊരു തോന്നലുണ്ടായിനിഫിനി ആ ഹുബിന് വേണ്ടി പത ആക്കപ്പെടേണ്ടതുണ്ട് നേത്രം അറുവാഹികൾ അല്ല അറുവാഹി കഴിവത്തല്ലേ മൊസോഫിനെ സിഫത്തിനെ മൊസോഫിന് മഹത്തായ ഊഹകൾ എന്താക്കണം പന ആക്കപ്പെടണം എന്നതാണ് ഇപ്പൊ മനസ്സിലായത് ഞാൻ വിവരം എളുപ്പത്തി അകുന്നു അല്ല മഹത്ത അങ്ങനെ ഞാൻ നിന്നെ കാണുന്നു തതി തവി നീ തെരഞ്ഞെടുക്കുന്നു അതർപ്പം തന്നെ ആരെ മൻ ചിലരെ തഹ്താറോ നീ തിരഞ്ഞെടുക്കുന്ന ആളെ നീ തിരഞ്ഞെടുക്കുക എന്തുകൊണ്ട് തസ്താക്കുന്നു നിന്റെ പ്രത്യേകമായ ലത്തീപ്പായ മിഞ്ചത്തുകൾ നൽകി കൊണ്ടിട്ട് നീ പ്രത്യേകമാക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് മദ്ദൻ ചുണ്ടക്കുന്നല്ല ഫഅലിൻ തവ കോലെ നികർഞ്ഞു അന്നക ദാതുനാനു ബിഹിദതി ഖൗസലത്തിൽ കോടിയോ തന്ത്രവ ഉപയോഗിച്ചുന്ന നിന്നെ കിട്ടുലാന വടിലായി അനെ ഫറഈതു റഈസി എൻടെ തലഞാനന്താകി ചുരുട്ടി വെച്ചോ ദാത ബഞ്ഞിജനഹി ചരൈനുല്ലി ഞാൻ അള്ളോ പോട്ടു കൊണ്ടോ ചൊരഞ്ഞു കൊണ്ടിട്ട് അനെ ഉള്ളാരോ ഒർപ്പി വെച്ചേനി ഞാൻ പോസ്വാന്നുല്ല അക്കാദിയുണ്ടണ്ട ആ വാദലി എബി ചൊഞ്ഞോ நடோடோட ஹாரு தோபி ஹஸ் ஹரமே காமாதி فيه <تصفيق> غضب في دائما وما ماહી وضعت اقامتي ان تامتم நானாகிதி ஹஸ் ஹர மஹபதா அந்த ஒரு குдили போயிதி அற்கேனி குдили சொன்னா ஒரு குдили இல்ல டீலி அதலான ஹضورビー அந்த ராவலத்த போكم வரவை வெயின் தெ மர்க்கல் அதலான ராவில வந்து போத்துக்கு வெயின் தெ இழுத்து ஏடன ஆ ஆ கூடிλα അപ്പൊ ഇവിടെ അർത്ഥം സ്വന്തം മറക്കാൻ ഹർന്നാകാൻ പാടില്ല എൻ്റെ എന്ന് പറഞ്ഞിട്ട് സ്വന്തം താല്പര്യങ്ങൾ ഉണ്ടാകാൻ പാടെല്ലാം ഇല്ലായി താല്പര്യങ്ങൾ നഫ്സിന്റെ താല്പര്യങ്ങൾ എന്നതില്ലാണ്ട് എടുക്കുക വലഹ് മറ്റൊന്നിലേക്ക് ലഹദുണ്ടാകാം അത് കിട്ടണം ഇത് കിട്ടണോന്നുള്ള കണ്ണോണ്ടത് അല്ല മറ്റൊന്നിലേക്ക് വാട്ടം കിട്ടുവാക്കരുത് അതും പറ്റൂല ഇത് കാണാം ഇതൊരു മനുഷ്യൻ അന്റെ മേലുള്ള സനാഹ് അവനെ ശുഖാക്കി കൊണ്ടിരിക്കുന്നു അയ്യക്കൂന്നൽ നെഫ്സിന്റെ സ്വന്തം നഫ്സിന്റെ ഷാക്റാവൻ തൊട്ടുണ്ടാക്കി ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് അതേ തൊട്ടിട്ട് അമ്മാവിനോടുള്ള തനാൽ അബ്സുലാക്കി പറഞ്ഞിരിക്കുന്നു വൈഷവലഹു അമ്മാവുഹാരൂല്ലാക്യുണ്ടല്ലിഫില്ല വൈശലുഹു അവനെ ശുഖലാക്കുന്നുണ്ട് ഹുപ്പോ പും അമ്മാവിനു കൊടുക്കാനുള്ള ഹക്കുകൾ അവനെ ശുഖലാക്കിയിട്ടുണ്ട് അവന്റെ സ്വന്തം ഹന്തുകൾ എന്തൊക്കെയാണെന്ന് ഓർമ്മിക്കുന്നു ഓൻ എന്താക്കി ചോലാക്കി കളഞ്ഞിരിക്കുന്നു ഞാനെന്ത് ചെയ്യണമെന്ന് അത് എനിക്കെന്ത് കിട്ടണമെന്നില്ല കേട്ടോ എനിക്ക് ഓർമ്മയില്ല എന്റെ ബാധ്യത എന്ത് ബാധ്യത എന്ത് എന്റെ ഉത്തരവാദിത്തം എന്തെന്നൊന്നില്ല എന്നാ പറയുന്നു അതിനപ്പുറം തന്നെ تامس پوری قطشمير जिंदा परदेमा वजूदिन नबी